ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ സദാശിവസമാരംഭം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാ ഇവിടെ നമ്മൾ കർമ്മത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കർമ്മം കർമ്മം എങ്ങനെ നമ്മളിൽ സംസ്കാരങ്ങളെ ഉണ്ടാക്കി രൂപപ്പെടുന്ന സംസ്കാരങ്ങൾ വീണ്ടും കർമ്മത്തിനെങ്ങനെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ കർമ്മത്താൽ മനുഷ്യനെങ്ങനെ ബദ്ധനായി തീരുന്നു ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഏത് മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചാൽ മനുഷ്യന് ബദ്ധനാവാതെ കഴിയാം ത്തിൽ കർമ്മം അതിൻ്റെ ഫലം ഇപ്പം തമ്മിലുള്ള ബന്ധം എന്ത് എങ്ങനെയാണ് നമുക്ക് ഫലം വന്നു ചേരുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പല പ്രകരണങ്ങളിലായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു അവസാനം പറഞ്ഞു വെച്ച വിഷയം ർക്കും നേരെ അധികാരമില്ല കർമ്മദ്വാരേണയാണ് ഫലത്തിലധികാരം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടാതെ അതേസമയത്ത് കുശലതയോടെ കർമ്മം ആചരിച്ചു കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും ഒരു തരത്തിൽ പറഞ്ഞാൽ കർമ്മത്തെ കർമ്മയോഗമാക്കി ഉയർത്താൻ നമുക്ക് സാധിക്കും കർമ്മയോഗത്തെ ഭഗവാൻ വളരെ സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നു യോഗ കർമ്മസു കൗശലം കർമ്മസു കർമ്മങ്ങളിലുള്ള കൗശലമാണ് യോഗം അവിടെ കൗശല ശബ്ദത്തിനർത്ഥം ചെയ്യാനുള്ള കർമ്മങ്ങളെ ഭംഗിയായി ചെയ്യുന്നു അതേ സമയത്ത് അതിൻ്റെ ഫലങ്ങളാൽ ബന്ധിക്കപ്പെടാതിരിക്കുന്നു എങ്ങനെ എന്ന് ചോദിച്ചാൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതെ കർമ്മഫലങ്ങളിൽ പ്രസാദ ബുദ്ധിയോടുകൂടെ രണ്ട് മാർഗം പറഞ്ഞു ശരിക്കും കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം പക്ഷേ അത് പറയുമ്പോൾ എളുപ്പമല്ല നേടാൻ അറിയാതെ ഫലചിന്ത നമ്മളിൽ വന്നു ചേരും അപ്പം ആ ഒരു കർമ്മയോഗത്തെ നേടുന്നതിനുള്ള ഉപായമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധി പറഞ്ഞു ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ പൂജയാണ് ഏത് കർമ്മം ചെയ്താലും ഇന്നതെന്നില്ല അങ്ങനെ സ്വന്തം കർമ്മം പൂജയായി മാറുമ്പോഴോ അതിൻ്റെ ഫലം ഭഗവാന്റെ പ്രസാദമാണ് പ്രസാദ ബുദ്ധി പ്രസാദ ബുദ്ധി കൈവന്നാൽ നമ്മൾ ബദ്ധരാവില്ല പ്രസാദ ബുദ്ധിയിൽ നമ്മൾ ഗുണദോഷ വിചാരം ചെയ്യാറില്ല ഈ പ്രസാ പ്രസാദ ബുദ്ധി വരുന്നതിന് മൂലം ഈശ്വര അർപ്പണ ബുദ്ധിയാണ് ഈശ്വരാർപ്പണ ബുദ്ധി എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ മഹാകർമ്മത്തെ നോക്കൂ ഏതൊരു തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അണ്ണം മുതൽ ബ്രഹ്മാണ്ടം വരെ സകലവും ഒരു നിയമവ്യവസ്ഥയാൽ നിയമിതമായി നടക്കുന്നു എല്ലാം ഒന്നുപോലും ആ ഒരു മഹാനിയമക്രമത്തെ ലംഘിക്കുന്നില്ല എല്ലാം വ്യവസ്ഥയ്ക്ക് വിധേയമാണ് വ്യവസ്ഥയ്ക്ക് വിധേയമല്ലാതെ ഒന്നും നടക്കുന്നില്ല ഇവിടെ സാന്ദർഭികമായി മറ്റൊന്ന് പറയട്ടെ ആ വ്യവസ്ഥയെ തിരിച്ചറിയാൻ നമ്മെ കൂടുതൽ കൂടുതൽ സഹായിക്കുന്നു ശാസ്ത്രം ശാസ്ത്രദൃഷ്ടികൊണ്ട് പ്രപഞ്ചവ്യവസ്ഥയെ നമ്മൾ ഒന്നൊന്നായി കണ്ടെത്തുന്നു അത് ശ്രദ്ധിക്കുക സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം അപ്പോൾ പ്രപഞ്ചത്തിലെ മഹാവ്യവസ്ഥയെ ധർമ്മമെന്ന വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കർമ്മമെന്ന് ഞാൻ പറഞ്ഞ ഒരല്പകർമ്മം ഈ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിവുണ്ടാവുകയും അങ്ങനെ സ്വകർമ്മത്തെ ഈശ്വരാർപ്പണഭാവത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുകയും ചെയ്യും അപ്പം ഫലത്താൽ ബാധിക്കപ്പെടുന്നില്ല ഈ വിഷയം ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ അവസാനം എത്തി നിൽക്കുന്ന തലം ശരിതന്നെ എങ്കിലും നമുക്ക് കർമ്മങ്ങളിലൂടെ വിജയത്തെ പ്രാപിക്കട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് വിജയത്തെ പ്രാപിക്കണം വിജയം പ്രാപിക്കാൻ പരമാവധി പരിശ്രമിക്കണം ഉദ്ദേശിച്ചത് വരട്ടെ വരാതിരിക്കട്ടെ നമ്മൾ അതിനാൽ ബാധിക്കപ്പെടുന്നില്ല ബാധിക്കപ്പെടരുത് പക്ഷേ അവനവൻ ചെയ്യുന്ന മേഖലയിൽ പരമാവധി വിജയിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം ഇതെന്തിനെയൊക്കെ അപേക്ഷിച്ചിരിക്കുന്നു കർമ്മത്തിൻ്റെ വിജയം ഏതേത് ഘടകങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നു ശാസ്ത്രം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് ഇവിടെ അല്പം വിപുലമായി പറയാൻ ഉദ്ദേശിക്കുന്നു കാരണം നമുക്കൊക്കെ നമ്മുടെ മേഖലകളിൽ വിജയം അനിവാര്യമാണ് ഇവിടെ രണ്ട് തലങ്ങളിൽ മറുപടി പറയാം ആദ്യം പറയാനുള്ളത് എല്ലാ സൃഷ്ടികളും സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എല്ലാ സൃഷ്ടികളും അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് മേഖലയിലുള്ളതായാലും കർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടത് അതിനനുകൂലമായ സങ്കല്പം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ സങ്കല്പം ദുഷിച്ചതാവരുത് അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് വേദം പറഞ്ഞു തന്നു തന്മേ മനഃശിവസങ്കൽപമസ്തു എൻ്റെ മനസ്സ് ശിവമായ മംഗളമായ സങ്കൽപ്പത്തോടു കൂടിയതാകട്ടെ എൻ്റെ മനസ്സ് മംഗളമായ സങ്കല്പത്തോടു കൂടിയതാകട്ടെ ഒരിക്കലും എൻ്റെ മനസ്സിൽ അമംഗളമായ സങ്കല്പങ്ങൾ ഉണ്ടാവരുതേ ഇതെല്ലാവരും ഒരു മന്ത്രമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കണം എപ്പോഴും നമ്മുടെ സങ്കല്പങ്ങൾ മംഗളങ്ങളായിരിക്കണം ഭദ്രങ്ങളായിരിക്കണം ശുഭങ്ങളായിരിക്കണം ഇതിവിടെ പറയുന്ന സമയത്ത് കേട്ടിരിക്കാൻ സുഖമുണ്ട് തലയാട്ടാൻ സുഖമുണ്ട് പക്ഷേ നമ്മുടെ സങ്കല്പങ്ങൾ മംഗളങ്ങളാണോ മംഗളമായി സങ്കല്പിക്കാനാണോ അമംഗളമായി സങ്കല്പിക്കാനാണോ നമ്മൾ മനസ്സിനെ ശീലിപ്പിച്ചിട്ടുള്ളത് നമ്മളെന്താണോ ശീലിപ്പിക്കുന്നത് അതാണത് ചെയ്യുക കാരണം നമ്മുടെ മനസ്സിൽ സംസ്കാരം ഉണ്ടാക്കി തീർക്കുന്നത് നമ്മളാണ് വേറെ ആരുമല്ല സംസ്കാരത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ വിലയിരുത്തുക ശുഭമായി സങ്കല്പിച്ചാണോ നമ്മൾ ശീലിക്കുന്നത് ശീലിച്ചിട്ടുള്ളത് ഓരോരുത്തർ വിലയിരുത്തുക അത് നേരെയാവില്ല അതൊന്നും ശരിയാകാൻ പോകുന്നില്ല തുടക്കത്തിൽ അങ്ങ് സങ്കല്പിച്ച് വെച്ചേക്കാം പിന്നെയാണ് അതിനു പരിശ്രമിക്കുക പിന്നെ നേരെയാവുക എത്രയോ പേര് വന്ന് സംസാരിക്കാറുണ്ട് പല വിഷമതകൾ പറയാറുണ്ട് ആ കൂട്ടത്തിൽ അവരുടെ ബിസിനസ്സിനെ കുറിച്ചോ മറ്റ് കർമ്മ മേഖലകളെ കുറിച്ചൊക്കെ വലിയ വിഷമം പറയാറുണ്ട് സ്വാമി നല്ലപോലെ പരിശ്രമിച്ചിരുന്നു നല്ല ആൾബലം ഉണ്ടായിരുന്നു നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തു സാമ്പത്തികമായിട്ടും എല്ലാ പരിശ്രമങ്ങളും നന്നായി ചെയ്തു പക്ഷെ എന്നിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഫലം വന്നില്ല എന്നിട്ടും വിജയിച്ചില്ല എന്തുകൊണ്ടും ചിലരുടെ വിഷയത്തിൽ ഒരു വ്യവഹാരത്തിൽ നിന്ന് ന്യായമായി ലഭിക്കുന്നതിനേക്കാൾ അധികം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അപ്പൊ പരാജയബോധം വരും മറ്റു മിക്കപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ചോദിക്കാറുണ്ട് ശരിയാണ് നിങ്ങൾ നല്ലപോലെ പൈസ മുടക്കി നിങ്ങൾ നല്ലതുപോലെ അധ്വാനിച്ചു ആൾബലം ഉണ്ടായിരുന്നു ആ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ പ്രവർത്തനത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ അറിയാതെ പോലും അശുഭമായി സങ്കല്പിച്ചോ ഇത് നേരെയാവില്ല എന്ന് സങ്കല്പിച്ചോ ഇത് പരാജയപ്പെടുന്നോ സങ്കല്പിച്ചോ ഒന്ന് ഓർത്തു നോക്കൂ അപ്പൊ അത് തന്നെ ഫലം കാരണം സൃഷ്ടിയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത് സങ്കല്പത്തിൽ നിന്നാണ് ഈ വിഷയം വേദം സുനിശ്ചിതമായി പറയുന്നുണ്ട് ഇത് പുതിയൊരറിവൊന്നും അല്ല വേദം സുനിശ്ചിതമായി പറയുന്നതാണ് വേദത്തിൽ വിശേഷിച്ചു ഉപനിഷത്തുക്കളിൽ വിശേഷിച്ച് സൃഷ്ടി പ്രകരണം പറയുന്ന സന്ദർഭങ്ങളിൽ പല പ്രകാരത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അവിടമൊക്കെ ആവർത്തിക്കുന്ന ഒരു വിഷയമുണ്ട് അത് സങ്കല്പിച്ചു സ ഈക്ഷാഞ്ചക്രേ അവൻ സങ്കൽപ്പിച്ചു സോ കാമയത അവൻ സങ്കൽപ്പിച്ചു സങ്കൽപ്പിച്ച ശേഷം പലതായി തീർന്നു സങ്കൽപ്പിച്ച ശേഷം സൃഷ്ടി ചെയ്തു എന്നൊക്കെ ഇത് നമ്മുടെയൊക്കെ വിഷയത്തിൽ പ്രധാനമാണ് നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത് അതുകൊണ്ട് ശുഭമായി സങ്കല്പിക്കുക ഇത് മുഖ്യമാണ് ഇതിൽ നമ്മൾ നല്ലപോലെ പരിശ്രമിച്ച് ശുഭസങ്കല്പം മനസ്സിൻ്റെ ശീലമാക്കി തീർക്കണം പരിശ്രമിച്ചിട്ട് കാരണം അശുഭമായി സങ്കല്പിച്ചാണ് നമ്മളേറെയും പരിചയിച്ചിട്ടുള്ളത് ഏ സ്വാമി ഞാൻ അശുഭമായിട്ടൊന്നും സങ്കല്പിക്കാറില്ല ഒക്കെ ശുഭായിട്ടേ സങ്കല്പിക്കുന്നുള്ളൂ ആണോ സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ സ്കൂള് വിട്ട് കുട്ടി നാലര മണിക്ക് വീട്ടിൽ വരും ദിവസവും അങ്ങനെയാണ് പതിവ് നാലരയായിട്ട് കാണുന്നില്ല നാലേ മുക്കാലായും കുഞ്ഞ് വന്നില്ല അഞ്ചുമണിയായിട്ടും കുഞ്ഞ് വന്നില്ല എന്താ സങ്കല്പിക്കുന്നത് എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും സ്കൂളിൽ വല്ല സയൻസ് പോറോ സോഷ്യൽ പോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കുട്ടിക്ക് ടീച്ചർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് റോഡിലൊരു രോഗിയെ കണ്ടിട്ട് അയാളെ സീ സേവിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് മോൻ അല്ലെങ്കിൽ മോള് വൈകുന്നത് ഇങ്ങനെ നല്ല സങ്കല്പങ്ങളാണോ നമ്മൾ ചെയ്യാറ് അതല്ല വല്ല ബസ്സിനും കുടിക്കുകയോ വല്ല കണക്കിലും വീണോ വല്ല തോട്ടിലൊലിച്ച് പോയോ നല്ല ഇടയ്ക്കിൽ എടുത്തു കൊണ്ടുപോയോ വല്ല വല്ല രോഗം വന്ന് കിടക്കണുണ്ടോ എവിടെയോ എന്താ സങ്കല്പിക്കാറ് ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ ഏതാ ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞത് അതാണോ നമുക്ക് ഇഷ്ടം എൻ്റെ കുട്ടി ബസ്സിനെ കുടുങ്ങിച്ചാവണം അല്ലെങ്കിൽ വല്ല തോട്ടിലോ കുളത്തിലോ വീഴണം അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ രോഗമായി കിടക്കണം ഇതാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ല ആഗ്രഹിക്കുന്നത് ആദ്യത്തേതാണ് പക്ഷെ ആദ്യത്തേത് ആഗ്രഹിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് രണ്ടാമത്തത് സങ്കല്പിക്കുന്നു എന്തുകൊണ്ട് ശുഭമായി സങ്കല്പിച്ച് ശീലിച്ചുകൂടാ ഇത് ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ശുഭമായി സങ്കല്പിച്ച് ശീലിക്കുക ആ ഒരു ശീലം മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ സ്വാഭാവികമായിട്ട് ശുഭമായേ അത് സങ്കല്പിക്കും ഏതാനും വർഷത്തെ ട്രെയിനിങ് കൊണ്ട് മനസ്സിനെ ശരിക്കും പാകപ്പെടുത്തി എടുക്കാൻ കഴിയും സംശയമില്ല ഇത് വളരെ പ്രധാനമാണ് കർമ്മവിജയത്തിന് ഏറ്റവും പ്രഥമമായ ഘടകമാണ് ശുഭസങ്കല്പം ശരി സാന്ദർഭികമായി മറ്റൊന്നുകൂടി പറയട്ടെ ഇന്ന് നമ്മള് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുസ്തകശാലകളിൽ പോകുക എയർപോർട്ടിലൊക്കെ അല്ല ഏത് രാജ്യങ്ങളിലായാലും ഏത് രാജ്യമായാലും അത് യൂറോപ്പെന്നോ അമേരിക്ക എന്നൊന്നും വ്യത്യാസമില്ല അങ്ങനെയുള്ള പുസ്തകശാലകളിൽ പോയിട്ട് ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതോ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടതോ ഒക്കെ ആയ പുസ്തകങ്ങൾ ഏതാന്ന് നോക്ക് നോക്ക് കാണാൻ കഴിയും എങ്ങനെ വിജയിക്കാം ബിസിനസ്സിലെങ്ങനെ വിജയിക്കാം എങ്ങനെ ധാരാളം പണം ഉണ്ടാക്കാം എങ്ങനെ ലീഡറായിത്തീരാം അങ്ങനെ പല തരത്തിൽ പല ടൈറ്റിൽസായിരിക്കാം പക്ഷേ വിഷയം ഒന്നു എങ്ങനെ ഉയരാം അതൊക്കെ തന്നെ ഒന്ന് വായിച്ച് മറച്ച് നോക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് കവർ നോക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിയാമ്പിൾ നോക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഒറ്റ വിഷയത്തിൻ്റെ വികാസമാണ് നമ്മുടെ സങ്കല്പങ്ങളെ നമ്മൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ശുഭമായി സങ്കല്പിക്കുകയോ അതിലൂടെയാണ് ശുഭഫലത്തെ നേടാൻ കഴിയുന്നത് എന്ന ആശയമാണ് അതിലൊക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് പുതിയൊരു അറിവല്ല ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിയുന്നത് ലക്ഷക്കണക്കിന് സമീപകാല പുസ്തക വിൽപ്പനയുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു പുസ്തകമായിരുന്നു ദി സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പൊ പറഞ്ഞ നൂറ് കണക്കിന് ടൈറ്റിൽസ് വന്നത് ഇറങ്ങിയ സാധനം എത്ര ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞ കണക്കില്ല ലക്ഷക്കണക്കിന് കോപ്പികൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ബെസ്റ്റല്ലൊരു പുസ്തകതായിരുന്നു ഒന്നുമില്ല അതുമാത്രമേ ഉള്ളു ശുഭസങ്കല്പം നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല സൃഷ്ടി വേണോ നല്ല സങ്കല്പം ഉണ്ടാവണം ഇത് പുതിയ എന്തൊരാശയം അവതരിപ്പിക്കുന്നത് പോലെയാണ് ഇത് കാശു കൊടുത്ത് മേടിച്ച് ഷെൽഫിൽ വെക്കാൻ നമ്മൾ വാങ്ങണം തീർച്ചയായിട്ടും നല്ല പുസ്തകമാണ് പക്ഷേ ഇത് പുതിയൊരറിവല്ല അനാദിക്കാലമായി നമുക്ക് ഋഷീശ്വരന്മാർ തന്നുവെച്ച വില മതിക്കാനാവാത്ത വേദത്തിൻ്റെ ഭാഗമായി പറയപ്പെട്ടതാണ് പക്ഷെ നമ്മളിത് അറിയാതെ പോയി നമ്മുടെ നിധികളെ നമ്മൾ അറിയാതെ പോയി കാരണം നമ്മൾ ആദ്യമേ ആദരിക്കുന്നതിന് മുമ്പ് നിന്ദിക്കാനും പുച്ഛിക്കാനും പഠിച്ചു അയാൾ ആരെന്നുപോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഭേദമൊന്ന് മറച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ മുൻധാരണ ചെയ്തു കഴിഞ്ഞു നമ്മുടെ സമൂഹം മനസ്സിനെ അങ്ങനെയാക്കി തീർത്തും പലരും പലരും അതെ ഇനി ഒരു പരിവർത്തനം ആവശ്യമാണ് ശാസ്ത്രങ്ങളിലേക്ക് പോകണം അവിടെ എന്താചാര്യന്മാർ പറഞ്ഞതെന്നോ പഠിക്കണം അതിനനുസരിച്ച് ജീവിത ക്രമീകരണത്തിന് പരിശ്രമിക്കണം അതുകൊണ്ട് ഇവിടെ പറയുന്നത് ശുഭസങ്കല്പം രണ്ട് ഏതൊരു കർമ്മത്തിലും വിജയിക്കണമെങ്കിൽ ഒരു കർമ്മം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നതെന്ന് നമ്മൾ അറിയണം ഒരു കർമ്മത്തിന്റെ നിർവഹണത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് ആരൊക്കെ ചേർന്നിട്ടാണ് ഒരു കർമ്മത്തെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് നല്ലപോലെ പഠിക്കണം ഈ വിഷയത്തെ പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു ഭഗവത്ഗീത അവിടെ ഭഗവാൻ പറഞ്ഞു അധിഷ്ഠാനം തഥാ കർത്ത കരണം വിധം ചേഷ്ട ദം ചൈവാത്ര പഞ്ചമം ശരീരം ഇതൊരു മന്ത്രമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം ഇതൊരു മന്ത്രമായിട്ട് ഈ മന്ത്ര ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും വിജയിക്കും ഇതറിയാത്തതാണ് നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പം അധിഷ്ഠാനം തഥാ അതുപോലെ കർത്ത കരണം ചൃഥക് വിധം വിവിധ ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം എന്നിട്ട് പറയാണ് ശരീരവാങ്മനോഭി യത്ത് പ്രാരഭത്തെ നര ന്യം വിപരീതം വേറെ പഞ്ച തസഹേതോ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും യത് കർമ്മ പ്രാരഭത്തെ നരഹ യാതൊരു കർമ്മത്തെ മനുഷ്യൻ ആരംഭിക്കുന്നുവോ ശരീരം കൊണ്ട് പലതരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ വാക്കുകൊണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യുന്നു ഇതൊക്കെ ചേർത്ത് ചെയ്യുന്നു ഇതൊക്കെ ചേർത്ത് ചെയ്യുന്നു ചിലരെ മിണ്ടാണ്ട് മനസ്സും ശരീരവും ചേർത്ത് ചെയ്യുന്നു ഒരു വർത്തമാനം പറയാതെ ചിലർ സംസാരിക്കേണ്ട പ്രവൃത്തി ചെയ്യുന്നു മനസ്സിനെയും വാക്കിനെയും പ്രവർത്തിപ്പിക്കുന്നു ഇപ്പോൾ അവിടെ ശരീരം കൊണ്ട് വേറെ പണി ചെയ്യുന്നില്ല വാക്കും മനസ്സുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു അവിടെ വാക്കും മനസ്സുമാണ് ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കുന്നത് കൊച്ചു കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിലോ വാക്കും മനസ്സും മതിയോ പോരാ ശരീരവും വേണം ഇപ്പോൾ തലത്തിനനുസരിച്ച് വ്യത്യസ്തമാണ് ചില ജോലികൾക്ക് ശാരീരിക തലമാണ് കൂടുതൽ ചില ജോലികൾക്ക് മാനസിക തലമാണ് കൂടുതൽ ശാരീരിക തലം കൂടുതൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വിറക് കീറുകയാണ് അല്ലെങ്കിൽ കൈക്കോട്ടുകൊണ്ട് കളക്കുകയാണ് സ്ഥൂലമായൊരു പണി ചെയ്യുകയാണെങ്കിൽ അവിടെ ശാരീരിക തലത്തിനാണ് പ്രാധാന്യം കൂടുതൽ മാനസിക തലമുണ്ട് ബുദ്ധിപൂർവ്വം ചെയ്യണം എന്നാൽ ഒരാളൊരു എക്സിക്യൂട്ടീവ് ഒരു പ്ലാൻ ആലോചിക്കുകയാണ് ഒരു നടപ്പിലാക്കാനുള്ള പദ്ധതിയെ രൂപപ്പെടുത്തുകയാണ് അവിടെ ശരീരം കൊണ്ടല്ല അധികം മനസ്സുകൊണ്ടാണ് ഒക്കെ തുല്യമാണ് ഒന്നും ഒന്നിനേക്കാൾ താഴെയോ മീതയോ അല്ല എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ് അപ്പോൾ ശരീരവാങ് മനോഭി ശരീരം വാക്ക് മനസ്സ് എന്നിവയെ കൊണ്ട് യത് കർമ്മ പ്രാരഭതേ നരഹ യാതൊരു കർമ്മത്തെ മനുഷ്യൻ ചെയ്യുവാൻ ആരംഭിക്കുന്നുവോ ന്യായം വാ വിപരീതം വാ അത് ന്യായമാകട്ടെ അന്യായമാകട്ടെ നമ്മൾ രണ്ടും ചെയ്യാറുണ്ട് ന്യായവും ചെയ്യാറുണ്ട് അന്യായവും ചെയ്യാറുണ്ട് അന്യായമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട് ന്യായമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട് അന്യായം ചെയ്യുന്നവനും വിജയിക്കാനല്ലേ ചെയ്യുന്നത് അല്ല അതെ അന്യായം ചെയ്യുന്നവനും വിജയിക്കാനാണ് ചെയ്യുന്നത് ന്യായം ചെയ്യുന്നവനും വിജയിക്കാനാ ചെയ്യുന്നത് ഇപ്പം ന്യായമായാലും കൊള്ളാം അന്യായമായാലും കൊള്ളാം ന്യായം വ വിപരീതം വ പഞ്ചയിതേ തസ്യ ഹേതവ അതിൻ്റെ കാരണങ്ങൾ ഈ അഞ്ചെണ്ണമാണ് ഈ അഞ്ചെണ്ണത്തെ പഠിക്കണം ഈ അഞ്ചെണ്ണത്തെ നേരെയാക്കണം ഏതൊക്കെയാണ് ഒന്ന് അധിഷ്ഠാനം അധിഷ്ഠാനം രണ്ട് കർത്ത മൂന്ന് കരണം േഷ്ടാഹ അഞ്ച് ദൈവം ഈ അഞ്ച് ഘടകങ്ങളെ കൊണ്ടാണ് ഒരു കർമ്മത്തിൻ്റെ സിദ്ധി ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒന്നിനെ കൊണ്ടല്ല ഇതഞ്ചും ശ്രദ്ധിക്കണം അധിഷ്ഠാനം ഇവിടെ അധിഷ്ഠാനത്തിൽ എവിടെ വെച്ചിട്ടാണോ ഏതൊരു തലത്തിലാണോ ഏതൊരു തറയിലാണോ ഏതൊരു ഭൂമികയിലാണോ ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്നത് അതാണ് അധിഷ്ഠാനം ഇപ്പൊ ഇവിടെ ഈ പ്രഭാഷണം നടക്കുന്നു അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജാണ് കേൾക്കുക എന്നുള്ളതിന് ഇരിക്കുന്നു അധിഷ്ഠാനം നിങ്ങളുടെ കസേരകളാണ് പറയുക എന്നുള്ളതിരിക്കുന്നു ഈ കസേരയും ഈ സ്റ്റേജുമാണ് ഒരു കച്ചവടം ഒരാൾ തുടങ്ങുന്നു ആ കച്ചവടത്തിൻ്റെ ആസ്ഥാപനം അതാണ് അധിഷ്ഠാനം അത് വളരെ കൃത്യമായിരിക്കണം കൃഷിയിറക്കുന്നു കൃഷിഭൂമിയാണ് അധിഷ്ഠാനം ഇപ്പം ഏതൊരു കർമ്മനിർവഹണത്തിനും ഒരധിഷ്ഠാനം മുഖ്യമാണ് ഈ അധിഷ്ഠാനം വേണ്ടോണമായിരിക്കണം വേണ്ടതിലധികം വേണ്ട വേണ്ടതിൽ കുറവും വേണ്ട അധിഷ്ഠാനത്തിന് ഒരുപാട് ആർഭാടങ്ങൾ ചെയ്ത് അതിനു വേണ്ടി അധികം ധനം വിനിയോഗിച്ച് ഒരു പ്രയോജനവും ഇല്ല ഇന്ന് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്തിനാ മര്യാദയ്ക്കൊന്ന് ജീവിക്കുക എന്നുള്ളതൊരു കർമ്മമായിട്ടെടുക്കുക ഒരു കുടുംബത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നു സന്തോഷമായി ജീവിക്കുന്നു അതൊരു കർമ്മമാണെന്ന് വിചാരിച്ചോളൂ അതിനധിഷ്ഠാനമാണ് വീട് പലപ്പോഴും മനുഷ്യന് വേണ്ടി വീടാണോ വീടിനു വേണ്ടി മനുഷ്യനാണോ പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിൽ ഈ പ്രശ്നമില്ല മറ്റ് പ്രദേശങ്ങളിൽ ആൾക്കു വേണ്ടി വീടാണ് മറ്റു ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും മനുഷ്യന് വേണ്ടിയാണ് വീട് കണ്ടിട്ടുള്ളത് പക്ഷെ കേരളത്തിൽ വീടിനു വേണ്ടി മനുഷ്യനാണ് ഒരാവശ്യം ഇല്ലാണ്ട് വലിയ വലിയ ഊറ്റം വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാ മുറിയിലും അന്ന് അടിച്ചുപാറ്റി തുടയ്ക്കാൻ പോലും എത്തില്ല എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പ്രാവ് കാണും ഇതെന്തിനന്നങ്ങനെ ചെയ്തു അന്ന് ബുദ്ധിശൂന്യത തോന്നിപ്പോയി എന്നിട്ടൊരു വീട്ടിൽ ചിലപ്പോൾ പരസ്പരം കാണാതെ രണ്ട് പേരുണ്ടാവും ഒരു മുറിയിലൊരാൾ വേറൊരു മുറിയിലൊരാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ശരിയല്ല കഴിഞ്ഞ മാസം സ്വാമി ഞാനെന്ന് പറഞ്ഞില്ലേ വീടിന്റെ പണി നടക്കാന്ന് അതെ അത് കഴിഞ്ഞ പണി എന്നിട്ട് പൂട്ടിയിട്ടിരിക്കുക അവിടെ ആര് താമസിക്കാനാ ഇപ്പൊ കൂറ്റൻ വീടുണ്ടാക്കിയിരിക്കുക എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോന്നുണ്ട് വേണ്ടു സ്വാമി അതിനാ മൂത്ത മോന് വേണ്ടി ഒരു വീട് അതേ പറമ്പിൽ നമ്മൾ ചോദിച്ചല്ല നിങ്ങൾ തന്നെ എത്ര കോടി രൂപയുടെ അടുത്ത് ചെലവാക്കിയിട്ടാണ് നിങ്ങളും ഭാര്യ അവിടെ പോയി താമസിക്കാൻ പോകുന്നില്ല ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഒരു ഗുജറാത്തിലാണ് അഹമ്മദാബാദിലാണ് അവരുടെ വീടുണ്ടാക്കിയിട്ടുള്ളത് കൊല്ലം കോട്ടയം ജില്ലകളിലെവിടെയുമാണ് കോട്ടയം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലൊന്നറിയില്ല എന്തായാലും അവിടെയാണ് കൊല്ലു കൂറ്റം വീടുണ്ടാക്കി അതിൻ്റെ എന്താ പറയുക ഗൃഹപ്രവേശമൊക്കെ കഴിഞ്ഞ് പൂട്ടി താക്കോലും കൊണ്ടുപോയിരിക്കുക എന്നാൽ അടുത്താഴ്ച വീണ്ടും അതേ നാട്ടിലേക്ക് പോകാൻ പോകാണ് മകൻ മൂത്ത മോനെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ എന്തായാലും അവിടെ താമസിക്കണില്ലല്ലോ പിന്നെ ഇപ്പം അതുപോലെ നിങ്ങൾക്ക് ഇനി ബഹുതി ഒന്നുണ്ടാക്കണം നിങ്ങൾ ഇതിന് മുടക്കണ പൈസ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കാം ഈ വീട് നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് ചിലവ് വല്ല വരവ് അങ്ങോട്ട് തരുമോ ഒരു വരവുള്ള എന്തെങ്കിലും പദ്ധതിയിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ചൂടെ എന്തെങ്കിലും കുടുംബത്തിലേക്ക് മെച്ചം കിട്ടണ ഒരു പരിപാടി നിങ്ങൾക്ക് ചെയ്തു കൂടെ ഈ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ത് കാര്യങ്ങൾ സ്ഥലം വാങ്ങിയിടൂ പറമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യോ അത് മെച്ചമേ തരൂ ആ പൈസക്ക് നിങ്ങൾ പറമ്പ് വാങ്ങൂ നാട്ടില് അല്ല എന്നാലും സ്വാമി മക്കൾക്ക് നമ്മളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി കൊടുക്കണ്ടേ ഏ മക്കള് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പൊ ഡിസൈൻ ചെയ്യണമെന്ന് അവർക്കൊന്നും ഇഷ്ടമായിരുന്നു വരില്ല മക്കൾ ഇപ്പോഴൊന്നും മടങ്ങാൻ പോകുന്നില്ല പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടേ അമേരിക്കയിൽ മടങ്ങാൻ പോകുന്നുള്ളൂ അവർക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ വീടുണ്ടാക്കി വെച്ചാൽ അന്ന് അവർ വരുമ്പോൾ നിങ്ങൾ ഇന്നുണ്ടാക്കിയ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടില്ല അന്ന് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുണ്ടാക്കിക്കോട്ടെ അല്ല നിങ്ങൾ ചെയ്യണോ അല്ല അത് എൻ്റെ കർത്തവ്യല്ല നിങ്ങൾ എന്ത് കർത്തവ്യം മോനെ പഠിപ്പിച്ചു വലുതാക്കി കല്യാണം കഴിച്ചു മതി കർത്തവ്യം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അവരോട് കർത്തവ്യം ഇനി അവരാവട്ടെ അവരുടെ മാർഗ്ഗം പഠിപ്പിക്കണം കല്യാണം കഴിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ കർത്തവ്യം കർത്തവ്യം നോക്കി എന്നാൽ നിങ്ങളെ കാര്യം നോക്കും അവർ നോക്കുക ചിന്തിക്കുക എന്ത് തീരുമാനിച്ചു എന്നറിയില്ല ഈ മാസം പോവും പറയാം എന്ത് തീരുമാനിച്ചു പറയാനുള്ളത് പറഞ്ഞു കൊടുത്തു അപ്പം അധിഷ്ഠാനം ഏത് വിഷയത്തിലായാലും ഏതൊരു കർമ്മ മേഖലയിലായാലും ന്യായമായിട്ടുള്ളതായിരിക്കണം ആ അധിഷ്ഠാനത്തിൻ്റെ ദോഷം കൊണ്ട് കർമ്മത്തിന് ദോഷം സംഭവിക്കും അധിഷ്ഠാനം ശുദ്ധമാവണം ഒരു വസ്തു ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ പാത്രശുദ്ധി വേണം ഒരു കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ സ്ഥലശുദ്ധി വേണം അധിഷ്ഠാനം എപ്പോഴും നല്ലതായിരിക്കണം പക്ഷേ നല്ലതെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കണം എന്തൊക്കെ ചെയ്യണം അത് ബുദ്ധിപൂർവ്വം ആലോചിച്ചോളൂ അധിഷ്ഠാനത്തിൽ ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒരിക്കലും നല്ലതല്ല അധിഷ്ഠാനത്തിൽ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിലും അത് വിജയിക്കില്ല അതവിടെ കൃത്യമായിരിക്കണം ഏത് കർമ്മമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിജയത്തിന് ഉതകുന്ന രീതിയിൽ അധിഷ്ഠാനത്തെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയി കോഴിക്കോടാണ് ടൗണിൽ കല്ലായി റോഡില് പോയി ഉടമസ്ഥൻ കസേരയമ്മൽ ഇരുന്ന് മുമ്പിലുള്ള മേശേൻ്റെ മുകളിൽ കാലും വെച്ച് ഉറങ്ങാണോ ഉണർന്നതാണോ എന്നൊന്നറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ശബ്ദമൊക്കെ ഉണ്ടാക്കിയ ആളുടെ ശ്രദ്ധയെ ആകർഷിച്ചു എന്നാൽ സാധനം വാങ്ങാൻ വന്നതാണ് ആ അത് വേഗം എഴുന്നേറ്റ് നോക്കി കുറേ ആൾമാരിത എപ്പോഴുണ്ട് അത് അവിടെ നോക്കി ഇവിടെ നോക്കി അപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് നോക്കി കിട്ടണില്ല ഒരു സാധനം ഉണ്ടല്ലോ അതാണ് വാങ്ങാൻ പോയത് ചുമരൊക്കെ തുളയ്ക്കാൻ ഉപയോഗിക്കണേ ആ അപ്പൊ സാധനം കിട്ടി സ്വാമി ഓ പിന്നെന്താ ഇനിയിപ്പോ കിട്ടാത്തത് ഇതിന്റെ ബിറ്റ് കിട്ടിയിട്ടില്ല വെക്കണത് അല്ല ബിറ്റില്ലാണ്ട് ഇതിൻ്റെ കാര്യം എന്താ ഇവിടെ ഇല്ല ശരി വേറെ കടയിൽ ഓ വേറെ കടയിൽ പോയിക്കോളൂ വേഗം വേറെ കടയിൽ പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് സാമി ഭരി കുത്തിരിക്കു എന്താണ് വേണ്ടത് എങ്ങനെ വന്നതാണ് ഓ ഉടനെ തന്നെ എടാ അക്ഷര പേ വാ നമ്മളാ ബിറ്റ് പെടില്ലല്ലോ നീ അപ്പുറത്ത് നമ്മൾ ഗോഡണ് പോയിട്ട് എടുത്തുകൊണ്ട് പോവാ ഗോഡകോണ് പോയിട്ടല്ലേ ബിറ്റ് എടുത്തോണ്ട് പോകുന്നത് വേറെ കടയിൽ പോയിട്ട് വാങ്ങാൻ നമുക്കറിയാം പക്ഷെ ആ പെരുമാറ്റം ഉണ്ടല്ലോ ഇനി അവിടെ പത്ത് പ്രാവശ്യം പോകാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്കാണ് അത് എടുത്തു കഴിഞ്ഞു സാധനം അത് നല്ലതാണ് ഇതേക്കാൾ കുറച്ച് വില കൂടും പക്ഷെ അത് ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിച്ച് ഈ സംസാരിക്കണ സമയം കണ്ടാവും വേറെ കടയിൽ നിന്ന് വിറ്റുമായും കൊണ്ടുവന്ന് തന്നുകഴിഞ്ഞു ചിന്തിക്കുക ആദ്യത്തെ കടയിൽ ഇനി പോകാൻ തോന്നൂല്ല രണ്ടാമത്തെ കടയിൽ അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട് എന്നോട്ട് അപ്പോൾ പോകാൻ തോന്നും അധിഷ്ഠാനം അയാൾ നന്നായി വച്ചിരിക്കുന്നു ഒന്നാമത്തവന്റെ അധിഷ്ഠാനം ശരിയല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മ മേഖലകളിൽ ഏതാണെങ്കിലും അധിഷ്ഠാനം ശുദ്ധമാവണം കർമ്മവിജയത്തിനുതകും വിധം ക്രമീകൃതമായിരിക്കണം പുറത്തുള്ള പൊങ്ങച്ചങ്ങളും ജാടകളും അല്ല പക്ഷെ വ്യവസ്ഥാപിതമായിരിക്കണം എനി കർത്ത രണ്ടാമത്തെ ഘടകം കർത്താവാണ് കർത്തൃത്വ അഭിമാന യുക്തനാണ് കർത്താവ് ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തോട് കൂടിയവനാണ് കർത്താവ് അവനിൽ നിന്നേ കർമ്മം വരും ഇപ്പൊ കർത്താവിൻ്റെ ഗുണദോഷങ്ങൾ നിരൂപണം ചെയ്യണം കർത്താവിൻ്റെ ഗുണദോഷങ്ങൾ കർത്താവിൻ്റെ ദോഷം കൊണ്ട് മൊത്തം ദോഷം വരും അവിടെ കർത്താവിൻ്റെ സങ്കല്പം ശുദ്ധമായിരിക്കണം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ അറിവുള്ളവനായിരിക്കണം കർത്താവ് ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കാൻ പുറപ്പെടുകയാണ് അതിനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് നിരൂപണം ചെയ്യണം സ്വയം അമിതം വില കൊടുത്തിട്ട് കാര്യമില്ല സ്വയം വില കൊടുക്കാതിരുന്നിട്ടും കാര്യമില്ല യഥാർത്ഥമായി തന്നെ വിലയിരുത്താൻ കഴിയണം യഥാർത്ഥമായ വിലയിരുത്തലിൽ ഒരിക്കലും നമ്മൾ ഒരു അപകർഷതാഭാവത്തോടു കൂടി പിന്നോക്കം പോകേണ്ടതില്ല അതേ സമയത്ത് ഉള്ളതിലധികം മൂല്യം സ്വയം കൽപ്പിച്ച് തനിക്കാവാത്ത പണിക്കൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ച് ചാടി പുറപ്പെട്ടാൽ അത് ദോഷമാണ് ഇപ്പം ഒരാൾ നമ്മൾ ക്ഷണിക്കുകയാണ് സ്വാമി നമുക്ക് ഒന്ന് ഗൗരിശങ്കരൻ കയറി വരാം എവറസ്റ്റ് ഞാനില്ല പരിപാടിക്കില്ല നല്ലത് തന്നെ നീ പോയ്വാ അല്ല സ്വാമി നല്ലതാണ് നല്ലതാണ് തീർച്ചയായിട്ടും നല്ല എന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷെ എല്ലാം നല്ലത് എനിക്ക് നല്ലതല്ല എല്ലാത്തിനും ഞാൻ കൊള്ളില്ല ഞാൻ കൊള്ളുന്ന മേഖലയുണ്ട് കൊള്ളാത്ത മേഖലയുണ്ട് അതെനിക്കറിയാം അതുകൊണ്ട് അങ്ങോട്ട് ഞാനില്ല നീ പോയിക്കോളൂ യാത്രാമംഗളം ഏതൊരു വ്യാപാരമായാലും അതിനുള്ള കർത്തൃത്വശേഷി തനിക്കുണ്ടോന്ന് നിരൂപണം ചെയ്യണം അതിനെ വികസിപ്പിക്കണം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും കർതൃത്വശേഷി വികസിപ്പിക്കാം നിരന്തരമായ അഭ്യാസം കൊണ്ട് നിരന്തരമായ അഭ്യാസം കൊണ്ട് ഏത് മേഖലയിലുള്ളവർക്കും കർത്തൃത്വശേഷി വികസിപ്പിക്കാം പക്ഷെ അഭ്യാസം വേണം നിശ്ചയദാർഢ്യം വേണം എന്തെങ്കിലും ചില പരാജയങ്ങളോ പ്രശ്നങ്ങളോ പരീക്ഷണങ്ങളോ വന്നാൽ പിന്തിരിയരുത് ഞാൻ ഏതൊരു കർമ്മനിർവഹണത്തിനു വേണ്ടി ഇപ്പോൾ കർത്താവായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണത ഞാൻ നേടും എന്ന ദൃഢസങ്കല്പം വേണം നിർബന്ധമാണ് കർത്തൃത്വസംബന്ധിയായ ദോഷങ്ങൾ ഉണ്ടാവരുത് ഉത്സാഹിയായിരിക്കണം ഒരുപാട് ഘടകങ്ങളുണ്ട് കർത്താവിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഈ മനുഷ്യ വിഭവ മാനേജ്മെൻറ്റിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ ലോകത്തിൽ അതിലേറ്റവും പ്രധാനം ഈ കർത്താവിനെ സംബന്ധിക്കുന്നതാണ് കർത്താവിന് ശരിയായ കഴിവുള്ളവനാവണം അവനെ തെരഞ്ഞെടുക്കുന്നതിന് ശരിയായി വയ്ക്കണം ഒരുപാട് ഘടകങ്ങൾ അപ്പൊ ഒരു കർമ്മവിജയത്തിന് വളരെ പ്രധാനമാണ് കർത്താവ് മൂന്ന് കരണം ചൃതക് വിധം വ്യത്യസ്തങ്ങളായ കരണങ്ങള് അപ്പം ഏതൊരു ക്രിയെ ചെയ്യണമെങ്കിൽ നമുക്ക് കരണം ആവശ്യമാണ് കരണത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് സംസാരിക്കുന്നു കരണം വേണം വാക്ക് വേണം വാക് ശക്തി ഇല്ലാത്ത ഒരാള് ഞാൻ പ്രസംഗിക്കാം എന്ന് പറഞ്ഞു സംഘാടകരൊക്കെ ഏർപ്പാട് ചെയ്തു ഇയാൾക്ക് സംസാരിക്കാൻ ശേഷിയില്ല പാവം എന്ത് ചെയ്യും ഒരു ഉത്സാഹത്തിന് ഏറ്റവും പോയി ആകെ പ്രശ്നം ഏത് കരണങ്ങളാണോ ആ കരണങ്ങൾ പൃഥക്വിധങ്ങളായ കരണങ്ങളുടെ വിനിയോഗം ശരിയായ ദിശയിലായിരിക്കണം ശരിയായ മാത്രയിലായിരിക്കണം അമിതമായ കരണവിനിയോഗം ഉടനെ അതിനെ ക്ഷയിപ്പിക്കും അളവിന് കരണവിനിയോഗം ഇല്ലെങ്കിലോ പ്രയോജനം ചെയ്യില്ല ഇപ്പൊ കരണങ്ങളുടെ ശക്തിയെ അല്ലെങ്കിൽ കരണങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്ന ഉപകരണങ്ങൾ ഉപകരണങ്ങളെ കരണങ്ങളിൽ ചേർത്ത് മനസ്സിലാക്കാം ഉപകരണം കരണമുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഏതെങ്കിലും കരണത്തിന്റെ ശക്തിയെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതാണ് ഉപകരണം അങ്ങനെ ആവശ്യമുള്ള കരണ പ്രവൃത്തിയെ നേടിയെടുക്കുക അതിനാണ് ഉപകരണം ഒരാള് നടക്കുന്നു കാലാണ് കരണം പക്ഷേ രോഗം കൊണ്ടോ മറ്റു ക്ലേശം കൊണ്ടോ വർദ്ധക്യം കൊണ്ടോ ശക്തിക്ഷയം കൊണ്ടോ അയാൾ ഇപ്പോൾ ഒരു വടിയെ ആശ്രയിക്കുന്നു അപ്പോൾ ഇവിടെ വടിയെന്ന ഉപകരണമാണ് കാലിൻ്റെ ഉപകരണമാണ് എന്നാൽ അതേയാൾ ഈ വടിയെ മറ്റൊരാളെ തല്ലാൻ ഉപയോഗിക്കുന്നു അപ്പോഴോ അത് കയ്യൻ്റെ ഉപകരണമാണ് വടി ഒരേ വടി ഒരേ സമയത്ത് ചിലപ്പോൾ കാലിൻ്റെ ഉപകരണമാവാം കയ്യൻ്റെ ഉപകരണമാവാം അപ്പം ഏതെങ്കിലും ഒരു കരണത്തിൻ്റെ ശക്തിയെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതാണ് ഉപകരണങ്ങൾ പല ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു കണ്ണുടെ ഒരു ഉപകരണമാണ് കണ്ണാകുന്ന കരണത്തിൻ്റെ ശക്തിയെ ക്രമീകരിക്കുകയാണ് കൂട്ടുക എന്ന് പറയരുത് ചിലപ്പം കൂട്ടുകയായിരിക്കും ചിലപ്പം കുറക്കുകയായിരിക്കും ക്രമീകരിക്കുന്നു ഇപ്പൊ കരണവ്യാപാരത്തെ ക്രമീകരിക്കുന്ന ഉപകരണങ്ങൾ ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകള് എന്തൊക്കെ ഉപകരണത്തെ തന്നാലും എത്ര കോടി പ്രകാരം ഉപകരണങ്ങൾ ഉണ്ടായാലും അവയൊക്കെ ഈ പതിനാലെണ്ണമായിരിക്കും കരണങ്ങൾ പതിനാല് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം പതിനാല് ഇനിയൊരു കരണ ഇല്ല പതിനാലേ കരണമുള്ളൂ അപ്പൊ നമ്മൾ എത്ര എത്ര ഏത് സാങ്കേതിക വിദ്യ എത്രായിരം നൂതനങ്ങളായ നൂതനങ്ങളായ ഉപകരണങ്ങളെ ഉണ്ടാക്കിയാലും ടെക്നോളജി ടെക്നോളജി മുന്നോട്ട് പോയിട്ട് ഏതേത് ഉപകരണത്തെ ഉണ്ടാക്കിയാലും അത് ഈ പതിനാലിൻ്റെ മാത്രമായിരിക്കും പതിനാല് വിഭാഗത്ത് പെടുത്താൻ പറ്റും ഈ പതിനാല് കരണങ്ങളുടെ കഴിവിനെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഉപകരണങ്ങളെയും നമ്മൾ കരണങ്ങളിൽ ചേർത്ത് മനസ്സിലാക്കണം അപ്പം വ്യാപാരത്തിന് ആവശ്യമായ കരണങ്ങളൊക്കെ വേണം ആ കരണങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു ഭംഗമോ ഒരു തടസ്സമോ ഉണ്ടാവരുത് അവവിധം അവയെ ക്രമീകരിക്കണം നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചുവാന്നെക്ക് തന്നെ പഠിക്കുന്നു ഇതേ ആശയങ്ങൾ ഒരു എം ബി കുറച്ചൊരു ചമൽക്കാരൊക്കെ കൂട്ടി ചില പദങ്ങളൊക്കെ ഒന്ന് അവരെ ആകർഷിക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി പറയുമ്പോൾ അയ്യോ പുതിയ എന്തോരറിവ് കിട്ടുന്ന പോലെ അവരിങ്ങനെ ശ്രദ്ധിക്കും അനുഭവമാണ് പറയുന്നത് സനാതന ശാസ്ത്രങ്ങളിൽ ഉപദേശിക്കപ്പെട്ട ഓരോ ആശയത്തിൻ്റെയും നിത്യപ്രസക്തത ചിന്തിക്കുക അതിനു വേണ്ടിയാണ് പറഞ്ഞത് ശരി തരണം ച പൃഥക് വിലോന്നിലും സംശയനിവാരണത്തിന് വിപുലമാകട്ടെ വളരെയധികം മേഖലകളിലേക്ക് പോകാവുന്നതാണ് നാലാമത്തെ ഘടകം വിവിധാശ്ചക് ചേഷ്ടാഹ പല പ്രകാരത്തിൽപ്പെട്ട ചേഷ്ടകള് ക്രിയാ വ്യാപാരങ്ങൾ അപ്പൊ ഏതൊരു കർമ്മ നിർവഹണത്തിനും ചേഷ്ടകൾ ആവശ്യമാണ് വാക്കുണ്ട് അധിഷ്ഠാനമുണ്ട് പറയാൻ ഞാനും ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും മണ്ടില്ലാച്ചാലോ ില്ലാത്തെ പ്രസംഗം വരില്ല പുറത്ത് ചേഷ്ട വേണം കാലുണ്ട് നടക്കാൻ ഭൂമി കൈയുണ്ട് പക്ഷെ നടക്കണം നടന്നാൽ നീങ്ങും ഇപ്പം ചേഷ്ട സംബന്ധിച്ച് മനസ്സിൻ്റെ അല്ലെങ്കിൽ മറ്റു കരണങ്ങളുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം ചേഷ്ട വളരെ വേണ്ടതായിരിക്കണം വേണ്ടാത്തതാകരുത് വേണ്ടതിലധികമായ കുഴപ്പമാണ് ചേഷ്ട വേണ്ടത്ര ആയില്ലെങ്കിൽ കാര്യക്ഷമമാവില്ല അതുകൊണ്ട് ഏതൊരു കർമ്മ വ്യാപാരത്തിലും ചേഷ്ടകളെ ക്രമീകരിക്കാൻ പഠിക്കണം ഒരാളെ കണ്ടു ആശുപത്രിയിൽ കാലിന് മുട്ടിന് താഴെയുള്ള എല്ല് രണ്ട് കഷ്ണമായിട്ടുണ്ട് എന്നിട്ടൊക്കെ കമ്പിയൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ് നമ്മൾ വേറൊരാളെ കാണാൻ പോയപ്പോൾ ഇയാളെയും കണ്ടു എടുത്ത് സംസാരിച്ചു എന്താ വെട്ടിയത് വാഴ വെട്ടിയതാ വാഴ വെട്ടിയിട്ട് കാലെങ്ങനെ മുറിഞ്ഞു വാഴയും മുറിഞ്ഞ് ആ ശക്തി കൊണ്ട് കൊടുവാള് നേരെ വന്ന് കാലും മുറിച്ചു ഓ ഒരു വാഴ വട്ട ഇത്ര ശക്തി ഉപയോഗിക്കണം പാവ് വേറാരും വെട്ടിയതല്ല അയാൾ തന്നെയാണ് ഇതുപോലെ നമ്മൾ കൂട്ടാനും കഷ്ണം നിറക്കുമ്പോൾ ചിലപ്പോൾ വെരലും നോർക്കാറുണ്ട് അപ്പൊ അതിനാവശ്യമുള്ള ചേഷ്ടയിൽ കവിഞ്ഞ ചേഷ്ട ഉപയോഗിച്ചിട്ടാണ് ഇത് പറ്റുന്നത് വെറൊരു കാരണം കൊണ്ടല്ല ഏത് പ്രവർത്തനത്തിലും ചേഷ്ടാവശ്യമുള്ളതേ പാടുള്ളു ഈ പല രാഷ്ട്രീയ പ്രസംഗങ്ങളിലും ഒരു പകുതിയൊക്കെ പ്രസംഗമാകുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് ശബ്ദം ഉണ്ടാവില്ല ബഹളാവും കാരണം അത് ആവശ്യത്തിലധികം ബഹളം വെച്ച് ചാപ്പി കീറിയിട്ടോട്ട് അതെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പൊതുവെ അങ്ങനെയാണ് പിന്നെ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല ഇയാൾത്തപ്പണ നല്ലത് അയാൾക്കും നല്ലത് നമുക്കും നല്ലത് മനസ്സിലാവാത്തത് ചേഷ്ടയുടെ ആധിക്യമാണ് ഏത് വ്യാപാരത്തിലും ഇതുണ്ട് ഇപ്പം ചേഷ്ടകളെ ക്രമീകരിക്കാൻ പഠിക്കണം ഇപ്പം സങ്കല്പം മുതങ്ങി ചേഷ്ട വരെ നമ്മൾ ശ്രദ്ധിക്കണം വിവിധാശ്ചക് ചേഷ്ടാഹ പൃഥക് പൃഥക് ചേഷ്ടാ ഓരോ കർമ്മത്തിൻ്റെയും വിജയത്തിന് വ്യത്യസ്തങ്ങളായ ചേഷ്ടകളാണ് ആവശ്യം അതുകൊണ്ട് തന്നെ എല്ലാവരെയും എല്ലാത്തിനും പറ്റില്ല എല്ലാവരെയും എന്തിനെങ്കിലും പറ്റും ഒന്നിനും കൊള്ളാത്ത ആരും ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലോകത്തിലാരെയും ഒന്നിനും കൊള്ളാത്തവനെ ഒന്നിനും കൊള്ളാത്തവളെ എന്ന് പറഞ്ഞേക്കരുത് പലപ്പോഴും നമ്മൾ അങ്ങനെ പലരെയും നശിപ്പിക്കുന്നുണ്ട് ഒന്നിനും കൊള്ളാത്തവൻ അസത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഒന്നിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്തവനെന്ന് നമ്മൾ ആരെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ എന്തിനു കൊള്ളുമെന്നത് കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് അവനൊന്നിനും കൊള്ളില്ല എന്നല്ല ഇപ്പം ഈ ചേഷ്ട എന്ത് ചേഷ്ട എത്ര വേണം എങ്ങനെ വേണം എന്നുള്ളത് ശ്രദ്ധിക്കണം ശരി ഈ നാല് ഘടകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് അധിഷ്ഠാനം രണ്ട് കർത്ത മൂന്ന് കരണം നാല് ചേഷ്ട ഇതുകൊണ്ട് മാത്രം ഒരു കർമ്മത്തിന്റെ വിജയമാവുമോ ആവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ദൈവം ശൈവാത്ര പഞ്ചമം അഞ്ചാമത്തെ ഘടകം ദൈവമാണ് ദൈവവും നേരെയാവണം ഇത് നാല് നേരെയായിട്ടും കാര്യമില്ല ദൈവം നേരെയാവണം എന്താ ഈ ദൈവം മുകളിലേക്ക് നോക്കുകയ്യാ മോള് ഒരു ദൈവമുണ്ട് ഏത് മോളിലാ അപ്പൊ താഴത്തില്ലേ ദൈവം മോളിലാന്ന് പറഞ്ഞാൽ താഴത്തില്ലേന്ന് ചോദ്യം വശങ്ങളിലില്ലേന്ന് ചോദ്യം ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായി നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മാതിയിൽ കാര്യം ചെയ്യാൻ സമർത്ഥമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ദൈവം ഈ നിലയ്ക്കാണ് നമ്മൾ ജ്യോത്സ്യന്മാരെയൊക്കെ ദൈവജ്ഞന്മാർന്നൊക്കെ വിളിക്കാറുണ്ട് അതിങ്ങനെയാ ഈ അർത്ഥത്തില കൃതത്തെ അറിയുന്നവര് ഒരാൾ കൊണ്ടുവന്ന കർമ്മത്തെ അറിയുന്നവര് നമ്മൾ ആരും വരുന്നത് ഒഴിഞ്ഞ കടലാസോട് കൂടിയിട്ടല്ല ഈ ലോകത്തിലേക്ക് നമ്മളൊക്കെ ഇവിടെ വന്നത് രേഖപ്പെടുത്തപ്പെട്ട കടലാസുകളോട് കൂടിയിട്ടാണ് ഇതൊരു സംശയമില്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒഴിഞ്ഞ കടലാസോട് കൂടി വന്നാൽ നമ്മളാരും ഒഴിഞ്ഞ കടലാസോടുകൂടി വന്നവരല്ല ജന്മജന്മാന്തരങ്ങളിൽ കർമ്മങ്ങളെ കൊണ്ട് സഞ്ചയിച്ച സൂക്ഷ്മ നമ്മളൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നലകളിലെ കർമ്മമാണ് ഇന്നത്തെ അനുഭവങ്ങൾക്ക് കാരണമാകുന്നത് ഇന്നലെകളിലെ നമ്മുടെ കർമ്മങ്ങൾ ഇന്നത്തെ നമ്മുടെ അനുഭവങ്ങൾക്ക് കാരണമാകുന്നു മനസ്സിലാക്കുക അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മം ഈ ജന്മത്തിന്റെ ആരംഭത്തിൽ അഭിവ്യക്തമായതിന് പറയുന്ന പേരാണ് ദൈവം ഇത് പ്രധാന ഘടകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കിട്ടാറില്ല ഒരിക്കലും കിട്ടില്ല അർഹിക്കുന്നതേ കിട്ടും അർഹിക്കുന്നത് കിട്ടും കിട്ടാതിരിക്കില്ല അർത്ഥിക്കുന്നതൊക്കെ കിട്ടിയ ലോകം എങ്ങനെയാ അർത്ഥിക്കുന്നതൊക്കെ കിട്ടില്ല അർഹിക്കുന്നത് കിട്ടും അർഹത നമ്മൾ നേടിയെടുക്കണം ഇത് വളരെ പ്രധാനമാണ് അർഹത നമ്മൾ നേടിയെടുക്കണം കൊടുത്തതേ കിട്ടും കൊടുത്തത് കിട്ടും സംശയമില്ല അത് അപ്പം ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ഫലരൂപമായി അനുഭവത്തിൽ വന്നു ചേരുന്നത് ചില സ്ഥലത്ത് പ്രകൃതി എന്ന് പറയും ചില സ്ഥലത്ത് ദൈവം എന്ന് പറയും പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ ഈ ദൈവമാണ് പ്രധാന ഘട്ടം ഈ ദൈവത്തിൻ്റെ കൂടി ആനുകൂല്യമാണ് അപ്പൊ ചിലപ്പോൾ ചോദ്യം വരും ഇപ്പൊ ഈ ദൈവത്തെ പൂർണ്ണമായി സ്വാധീനിക്കാൻ നമുക്ക് കഴിയോ മറുപടി ആദ്യം പറഞ്ഞ നാലു ശരിയാകൂ അഞ്ചിൽ നാലായില്ലേ പിന്നെ അഞ്ചിൽ ഒന്നല്ലേ പ്രശ്നമുള്ളൂ രണ്ട് ഇന്ന് ദൈവം എന്ന് പറയുന്നത് ഇന്നലെ എൻ്റെ കർമ്മത്തിന്റെ ഫലരൂപമാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ കർമ്മത്തിലൂടെ അതിനെ ക്രമീകരിക്കാൻ സ്വാധീനിക്കാൻ എനിക്ക് കഴിയും യിലെ ദൈവത്തെ ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ ഞാനാണ് അത് ശ്രദ്ധിക്കുക എങ്കിൽ തന്നെയും നാളെയിലെ ഫലത്തെ ഉണ്ടാക്കേണ്ടത് ഞാനാണെങ്കിൽ പോലും ഇന്നെനിക്ക് അനുഭവത്തിൽ വരുന്നത് ഇന്നലത്തെ അതിൻ്റെ പരിണാമമാണെന്ന് മനസ്സിലായിക്കൊള്ളണം അങ്ങനെയാകുമ്പോൾ നമ്മൾ വേറെ ആരെയും പ്രാഗില്ല നമ്മുടെ നമ്മുടെ അനുഭവ വിശേഷങ്ങൾക്ക് മറ്റാരെയും ശപിക്കാനില്ല എന്തുകൊണ്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു എനിക്ക് തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും ആരയക്കും നന്നതേ നോക്കൂ കഷ്ടം ശിപ്പായി ഈശ്വരൻ ഇതൊരു കഷ്ടമാണ് ഈ ശിപായി ഈശ്വര ശിപായി പോസ്റ്റ്മാൻ ഈശ്വരനാക്കുന്ന പോസ്റ്റ്മാൻ ഒന്നേ നോക്കൂ ആരാണ് അയക്കുന്നത് അപ്പൊ എനിക്ക് തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും ഓർമ്മിച്ചാ നല്ലത് പിന്നലെ ഇവിടെ ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല അനുഭവിക്കേണ്ടിയ വഴിയുള്ളൂ വേറൊരു വഴിയില്ല വേറൊരു മാർഗവും ഇല്ല ഇന്നലത്തെ ദൈവത്തെ അനുഭവിക്കുക സമതയോടുകൂടി അനുഭവിക്കുക ഒരാളെയും കുറ്റപ്പെടുത്താനില്ല എന്തുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലരൂപമാണ് ഇന്ന് വന്നു ചേരുന്നത് അതുകൊണ്ട് ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ നല്ലൊരു നാളയിലേക്ക് പരിശ്രമിക്കുക സമചിത്തതയോടുകൂടി ഇന്നത്തെ അനുഭവിക്കുക നല്ലൊരു നാളയിലേക്ക് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് കർമ്മങ്ങളെ കൊണ്ട് നാളിലേക്ക് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നത്തെതിനെ സ്വാധീനിക്കാൻ നമുക്കൊരു കർമ്മം കൊണ്ട് സാധിക്കില്ലേ തീർച്ചയായിട്ടും പരമാവധി പുണ്യകർമ്മങ്ങളെ ആചരിക്കോ പരമാവധി സത്കർമ്മങ്ങളെ ആചരിക്കോ അപ്പോ ദുഷ്കർമ്മങ്ങളുടെ പ്രഭാവം കുറയും ദുഷ്കർമ്മങ്ങൾ ഇല്ലാണ്ടാവില്ല സത്കർമ്മങ്ങളെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവില്ല അത് കുറച്ച് മനസ്സിലാക്കണം അപ്പം എന്താണ് സത്കർമ്മം എന്താ ദുഷ്കർമ്മം അന്തകരണത്തെ മലീമസമാക്കുന്ന കർമ്മങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങളാണ് അന്തകരണത്തെ പരിശുദ്ധമാക്കുന്ന കർമ്മങ്ങളൊക്കെ സത്കർമ്മങ്ങളാണ് തനിക്കോ മറ്റൊരു വ്യക്തിക്കോ ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിനോ ഭംഗം വരുത്തുന്ന ദോഷം ചെയ്യുന്ന കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളാണ് അപ്പൊ നമ്മുടെ അന്ധകരണത്തെ മലീമസമാക്കും നമുക്കോ മറ്റു വ്യക്തികൾക്കോ സമഷ്ടി പ്രപഞ്ചത്തിന് തന്നെയോ ഗുണകരമായ സ്പന്ദനം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങളാണ് രണ്ട് കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നു സത്കർമ്മങ്ങളുടെ പ്രഭാവം വളർത്തുക ചോദ്യം സത്കർമ്മം കൊണ്ട് ദുഷ്കർമ്മം ഇല്ലാണ്ടാവുമോ ഒരിക്കലും ഇല്ല സത്കർമ്മം കൊണ്ട് ദുഷ്കർമ്മം ഇല്ലാണ്ടാവില്ല പക്ഷെ ദുഷ്കർമ്മത്തിന്റെ പ്രഭാവം കുറയും ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഏറ്റവും കൈപ്പുള്ള ഒരു വസ്തു അമ്മ കുട്ടിക്ക് കൊടുക്കുന്നു നിങ്ങൾക്കറിയുന്നതിൽ ഏറ്റവും കയ്പ്പുള്ളത് സങ്കല്പിച്ചോളൂ അരഗ്രാം ഈ കയ്പുള്ള വസ്തുവാണ് കൊടുക്കേണ്ടത് കുട്ടി എന്തായിട്ടും കഴിക്കുന്നില്ല എന്തു തന്നെ അമ്മ നിർബന്ധിച്ചിട്ടും കുട്ടി കഴിക്കുന്നില്ല കയ്പുള്ളതാണെന്ന് കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അമ്മ ഒരു പത്ത് മില്ലി ലിറ്റർ തേനിൽ ഒരു പത്ത് മില്ലി ലീറ്റർ വെള്ളം ചേർത്ത് അതിലൊരു പത്ത് ഗ്രാം കൽക്കണ്ടോട്ട് ഇളക്കി ഈ അര ഗ്രാം കയ്പ്പുള്ള വസ്തു അതിൽ ചേർത്ത് കൊടുത്തു കൂട്ടി സുഖമായിട്ട് അങ്ങോട്ട് കഴിച്ചു ഒരു പ്രശ്നമില്ല ഇനിയും ഉണ്ടോയെന്ന് ചോദിക്കുക ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ കയ്പ്പിൻ്റെ അളവ് കുറഞ്ഞോ കൂടിയോ കയ്പ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല അര ഗ്രാം അതുപോലെയുണ്ട് പക്ഷേ അതിൻ്റെ പ്രഭാവം കുറഞ്ഞു അനുഭവത്തിൽ കയ്പ്പില്ല മധുരേ ഉള്ളൂ ഇവിടെ കൈപ്പ് നൽകുന്ന വസ്തുവിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ലെങ്കിലും മധുരമുള്ള വസ്തുക്കളുടെ ആധിക്യം കൊണ്ട് അതിൻ്റെ പ്രഭാവം കുറഞ്ഞു ഇതുപോലെ സത്കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും ദുഷ്കർമ്മം നശിക്കില്ല എന്നാൽ അനായാസേന സുഖകരമായി സുഖകരമായി ദുഷ്കർമ്മ ഫലങ്ങളെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നാളെയിലേക്കുള്ള ദൈവത്തെ വളർത്തുക ഗുണകരമായി വളർത്തുക എന്നിടത്ത് മാത്രമല്ല ഇന്നത്തെ കർമാനുഭവങ്ങളെ സമീകരിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നുള്ള വിഷയത്തിലും പ്രധാനമാണ് സത്കർമ്മങ്ങളുടെ അനുഷ്ഠാനം അതുകൊണ്ട് പരമാവധി സത്കർമ്മങ്ങളെ ജീവിതത്തിൽ ആചരിക്കുക ഇവിടെ സത്കർമ്മം ദുഷ്കർമ്മം ഇവിടെ വേർതിരിവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പുറമെ കാണുന്ന പോലെയല്ല പുറമെ സത്കർമ്മം എന്ന് പറയുന്ന പലതും പലപ്പോഴും ദുഷ്കർമ്മമായിരിക്കാം ദുഷ്കർമ്മം എന്ന് പറയുന്നത് സത്കർമ്മമായിരിക്കാം ഇത് ആപേക്ഷികം കൂടിയാണ് ദേശം കാലം തുടങ്ങിയവയ്ക്ക് അനുസരിച്ച് ഏറ്റവും പ്രധാനം ഒരു കർമ്മ നമ്മളിൽ ഉണ്ടാക്കുന്ന സംസ്കാരവിശേഷം എങ്ങനെ ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മത്തെ നിർണയിക്കുന്നത് ദുഷ്കർമ്മമാണോ സത്കർമ്മമാണോ ഒരു കർമ്മം ഒരു കർമാചരണം നമ്മളിൽ ഉണ്ടാക്കുന്ന സംസ്കാരവിശേഷം അതെങ്ങനെയുള്ളതാണ് അത് അധ്യകരണത്തെ കൂടുതൽ കൂടുതൽ മലീമസമാക്കുന്നെങ്കിലും ദുഷ്കർമ്മത്തിൻ്റെ ശ്രേണിയിൽ തന്നെ പെടുത്തിപ്പറയണം അല്ല കൂടുതൽ കൂടുതൽ സ്വച്ഛമാക്കി തീർക്കുന്നെങ്കിൽ സത്കർമ്മത്തിൻ്റെ ശ്രേണിയിൽ പെടുത്തിപ്പറയണം ഇത് തന്നെയായാലും സ്വയം സത്കർമ്മ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഒരു കർമ്മത്തിൻ്റെ വിജയത്തിനോ അഞ്ച് ഘടകങ്ങളുണ്ട് എന്നിരിക്കെ ഭഗവാൻ ചോദിക്കുകയാണ് ഈ അഞ്ച് ഘടകങ്ങളെ കൊണ്ടാണ് ഒരു കർമ്മനിർവഹണം സാധിക്കുന്നതെന്നിരിക്കെ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഹ പശ്യകൃത ബുദ്ധിത്വാത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് സദ്ബുദ്ധി സംസ്കൃതമായ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് കേവലം കർത്താവിനെ മാത്രം കാണുന്നു ബാക്കി നാലും നോക്കുന്നില്ല എന്നിട്ട് കർമ്മത്തിന്റെ ഫലത്തെ നേടാൻ ഇച്ഛിക്കുന്നു അതെന്തൊരു ബുദ്ധിശൂന്യതയാണെന്ന് ചോദിക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അതാണ് ഏതൊരു കർമ്മത്തിൻ്റെ വിജയപരാജയങ്ങളിലും കേവലം കർത്താവിനെ മാത്രം ബന്ധിപ്പിച്ച് ചിന്തിക്കുകയും കർത്താവ് ഞാൻ ചെയ്യുന്നവൻ ചെയ്യുന്നവനെ മാത്രം പ്രശംസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയും അവനെ പുഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യുകയും ചെയ്യും നമ്മൾ അത് ശരിയല്ല ഈ അഞ്ച് ഘടകങ്ങളെ പഠിക്കണം ഈ അഞ്ച് ഘടകങ്ങളുടെയും ചേർച്ചയാലാണ് കർമ്മനിർവഹണം സാധിക്കുന്നത് പലപ്പോഴും ലോകത്തിൽ നമ്മൾ ചെയ്യുക ഈ അഞ്ചിനെ വിലയിരുത്താതെ ഒന്നിനെ മാത്രം വിലയിരുത്തിയിട്ട് ഗുണദോഷ നിരൂപണം ചെയ്യും അത് അകൃതബുദ്ധിത്വ എന്നാണ് പറയുന്നത് നസ പശ്യതി ദുർമുധിഹി ആ ദുർമുദ്ധി കാണുന്നില്ല സത്യത്തെ കാണുന്നില്ല എന്ന് ഭഗവാൻ കുറച്ചൊരു ഒരു ഒരു വിരോധം പോലെ പറയുന്നുണ്ട് അതുകൊണ്ടോ നമ്മുടെയൊക്കെ കർമ്മ മേഖലയിൽ നമുക്ക് വിജയം ഭരിക്കണം എന്നുള്ളതിൽ സംശയമില്ല ആ പരിശ്രമത്തിൽ ഈ അഞ്ച് ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമാറാകട്ടെ അഞ്ചിനെയും ക്രമീകരിക്കുമാറാകട്ടെ അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ നമ്മുടെ മേഖലകളിൽ വിജയികളാവാം അഥവാ വിജയികളാവാൻ പരിശ്രമിക്കാം ആ പരിശ്രമത്തിൽ വിജയം വരട്ടെ പരാജയം വരട്ടെ അത് നമ്മളെ ബാധിക്കരുത് ബാധിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കൂ എങ്ങനെയൊക്കെ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കണം മറുപടി കഴിവതും നമ്മുടെ പ്രവർത്തനവും ചിന്തകളും ഒക്കെ സാത്വികമായിരുന്നാൽ നന്ന് എന്തുകൊണ്ടെന്നാൽ സുഖമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സത്വകാര്യമാണ് സുഖം രജ കാര്യം ദുഃഖമാണ് തമസിൻ്റെ കാര്യം മോഹമാണ് അതുകൊണ്ട് ദുഃഖമോഹങ്ങളിൽ അകപ്പെടാതെ സുഖമായി നമുക്ക് നമ്മുടെ കർമ്മ മേഖലയിൽ കഴിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വ്യാപാരങ്ങളെ പരമാവധി സാത്വികമാക്കണം അതിനുള്ള ഉപായങ്ങളെ ശ്രദ്ധിക്കണം അതൊക്കെ നമുക്ക് ക്രമമായി നാളെ തുടർന്ന് ചിന്തിക്കാം തൽക്കാലം സംശയ നിവാരണത്തിലേക്ക് കടക്കുകയാണ് സുഖകരമായ ജീവിതം നയിക്കുക എന്നത് മനുഷ്യൻ്റെ ആഗ്രഹമാണ് മനുഷ്യൻ്റെ അല്ല എല്ലാ ജന്തുക്കളുടെയും ആഗ്രഹമാണ് സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാപ്രവൃത്തയ എല്ലാ ഭൂതങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് സുഖത്തിനായിക്കൊണ്ടാണ് എന്നാലും മനുഷ്യരാണല്ലോ മനുഷ്യരാണല്ലോ നമ്മളൊക്കെ അപ്പം മനുഷ്യന്റെ കാര്യം പറയുക ശരിയാണ് പറഞ്ഞത് സുഖകരമായ ജീവിതം നയിക്കുക മനുഷ്യന്റെ ആഗ്രഹമാണ് നല്ല ഭക്ഷണം കഴിക്കുക നല്ല കാഴ്ചകൾ കാണുക മറ്റ് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുക തുടങ്ങിയവ നല്ല ഭക്ഷണം കഴിക്കുക നല്ലതാണ് തീർച്ചയായിട്ടും നല്ല ഭക്ഷണം എത്ര കഴിക്കും അല്ല ചോദ്യം എത്ര കഴിക്കും ഈ നല്ല ഭക്ഷണം എന്ത് ഭക്ഷണം നല്ല പോഷകാംശമുള്ള ഭക്ഷണമാണോ നല്ല ഭക്ഷണം അല്ല ഒരു ഒന്നര സെന്റിമീറ്റർ ഒന്നര സെന്റിമീറ്ററും ഇല്ല ഒരൊന്നേക സെന്റിമീറ്റർ കടന്നു പോകുമ്പോൾ ഒരു സുഖം ഭക്ഷണമാണോ നല്ല ഭക്ഷണം ഇപ്പോ ചിന്തിക്കാൻ പറ്റാത്ത ഞാൻ കഴിക്കില്ല അയ്യ എത്ര വൃത്തികെട്ടെ ഞാൻ കഴിക്കാനോ എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നു അങ്ങനത്തെ ഒരു ഭക്ഷണം ആഴ്ചകളായി ആഹാരമൊന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്ക് ഒരു നിവൃത്തിയില്ല വിശപ്പ് കത്തിക്കാളി ഇനി അങ്ങോട്ട് വയ്യ ഈ സമയത്ത് അത് കിട്ടിയാൽ അമൃതം പോലെ കഴിക്കും സുഖമായി നല്ല ഭക്ഷണം അപ്പൊ എന്തായി നല്ല ഭക്ഷണം ആ ചോദ്യത്തിന് മറുപടി കാണേണ്ടിയിരിക്കുന്നു എപ്പോഴും ഒരാൾക്ക് നല്ല ഭക്ഷണമാണോ ഒരു വസ്തുവെ നല്ലതെന്ന് കണക്കാക്കി നല്ല ഭക്ഷണം എന്ന് കണക്കാക്കി അതെപ്പോഴും അയാൾക്ക് നല്ല ഭക്ഷണമാണോ അല്ല ദേശത്തിനും കാലത്തിനും വ്യക്തിക്കും അനുസരിച്ച് നല്ലത് മാറുന്നു ഇത് ഒരിക്കലൊരാളുടെ കൂടെ നടക്കുകയാണ് ഞങ്ങൾ രണ്ടു പേര് നടക്കുന്നു ഒരു മാംസക്കടയില തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കഷ്ണം എന്നിട്ടൊരു കാളയുടെ തല പുറത്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇയാൾ അറിയാതെ പറഞ്ഞു പോയി നല്ല അറച്ചിയാ സ്വാമി കാളയുടെ തലയും ആ തൂക്കിയിട്ടതും കൂടി നോക്കിയപ്പോൾ അത്ര വലിയ വിദ്വാനാണ് നമുക്കറിയില്ല അത് നോക്കാൻ ഓരോരുത്തർക്ക് ഓരോരോ അറിവാണല്ലോ നല്ല ഇറച്ചി നല്ലതായിരിക്കാം നല്ലതെന്ന് പറയാൻ ഞാനും പക്ഷെ നമുക്ക് ആലോചിച്ചൊരു പിടി കിട്ടുന്നില്ല എങ്ങനെയാണ് നല്ല ഇറച്ചിയാവണം അതോ ഇറച്ചിയാണെന്നല്ലേ പറയാൻ പറ്റും എന്തായാലും അയാൾക്ക് വിഷയം ആപേക്ഷികമാണ് നല്ലത് ഒരിക്കൽ ഒരച്ഛൻ മകന് കല്യാണാലോചനകളോടാലോചനകൾ നടത്തി അച്ഛൻ എന്താലോചന നടത്തിയാൽ പിടിക്കില്ല അവസാനം അച്ഛൻ പറഞ്ഞു നീ പോയി നോക്കി കണ്ടുപിടിക്കള ഞാനത് ശരിയാക്കി തരാം നടത്തരാ ആയിക്കോട്ടെ അങ്ങനെ പോയിട്ട് ഒരാളെ കണ്ടുപിടിച്ചു ഹോടാ നീ ഇതിനെയാണോ കണ്ടുപിടിച്ചത് അച്ഛൻ എത്ര നോക്കിയിട്ട് അവളി യാതൊരു സൗന്ദര്യവും കാണുന്നില്ല അപ്പോ മകൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എന്റെ കണ്ടെന്ന് വെച്ച് നോക്കൂ മാണ് തീർത്തും ആപേക്ഷികമാണ് എന്താ നല്ലത് എന്താ ചീത്ത ഇരിക്കട്ടെ എന്തായാലും നല്ല ഭക്ഷണമുണ്ട് നല്ല കാഴ്ചകൾ കാണുക അത് മനോവൃത്തിയാണ് നല്ല കാഴ്ച മനോവൃത്തിയാണ് കാരണം കണ്ണിന് നല്ലത് കാണാൻ കഴിയില്ല കണ്ണിന് ചീത്ത കാണാനും കഴിയില്ല കണ്ണിന് രൂപം കാണാനേ കഴിയൂ നല്ല രൂപത്തെ കാണാനോ ചീത്ത രൂപത്തെ കാണാനോ കണ്ണിന് കഴിയില്ല കണ്ണിന് രൂപത്തെ കാണാം കണ്ട രൂപത്തിൽ നല്ലത് അഥവാ ചീത്ത എന്ന ബുദ്ധിയെ നൽകുന്നത് മനസ്സാണ് മനസ്സ് ഓരോരുത്തർക്കും വിഭിന്ന വൃത്തിയോടുകൂടിയതാണ് എന്നാലും ഇരിക്കട്ടെ നല്ല ആഴ്ചകൾ കാണുക മറ്റ് ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കുക നല്ലതാണ് ഇന്ദ്രിയ സുഖം അനുഭവിക്കുമ്പോൾ ഒക്കെ സന്തോഷമുണ്ട് തത്കാലത്തേക്ക് ു ആ സമയത്തേക്ക് ഞാൻ കഴിഞ്ഞു എന്നിട്ട് വിചാരിച്ച സുഖം കിട്ടിയോ അതൊട്ടില്ലേനും അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും പിന്നെ അതിനുള്ള പരാക്രമങ്ങളാണ് അപ്പോഴെനിക്ക് സുഖം പൂർത്തിയായില്ലോ അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി സങ്കല്പത്തെ മെനഞ്ഞ് ഭോഗത്തിന് പിന്നാലെ നമ്മൾ നട്ടോട്ടമോടുകയാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാ സുഖം കിട്ടാൻ വേണ്ടി കേട്ടോ ഉത്തരഭാരതത്തില് പുഴകളിൽ നിന്ന് മണൽ സ്വരൂപിച്ച് ചാക്കിൽ കയറ്റി കഴുതകളുടെ പുറത്ത് വെച്ച് ആവശ്യമുള്ള സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കോൺട്രാക്ടർമാരുണ്ട് നമ്മളവരോട് പറയാണ് ഒരു ഇരുപത് കഴുതാണ് മണല് വേണമെന്ന് പറഞ്ഞാൽ അവർ ഇരുപത് കഴുത മണല് കൊണ്ടുവരും അതെ കൊണ്ടുവരുന്ന കാണാൻ പോ നോക്കി നിൽക്കാറുണ്ട് മുമ്പിൽ ഒരു കുട്ടി ഉണ്ടാവും നടക്കണം ചെറിയ രണ്ട് മക്കളാ ഉണ്ടാവുക ഇരുപത് കഴുത മണല് കൊണ്ട് രണ്ട് മക്കളെ ഉണ്ടാവുള്ളൂ മുമ്പത്തെ ആള് ഒരു ചെടിയുടെ കൊമ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ നടക്കും അപ്പോൾ ഒരു കഴുത അതിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇതിന്റെ പുറത്താണ് രണ്ട് ചാക്ക് മണൽ ഒരു ഒരു ചാക്ക് ഇപ്പുറത്ത് ഒരു ചാക്ക് ഇപ്പുറത്തൊക്കെ നടുവിലിങ്ങനെ ഉണ്ടാവും രണ്ട് ഭാഗത്തും മണൽ ഉണ്ടാവും ഈ കഴുതന്റെ പിന്നാലെ അടുത്ത കഴുതാ പോയിക്കോളും അടുത്ത കഴുത വരി ഒരു എന്തൊരു അനുസരണ എന്നാ മദ്യഷാപ്പിൽ പോലും ഇത്ര അനുസരണയില് ക്യൂ നിൽക്കുന്നത് കാണാറില്ല പൊതുവേറ്റവും നല്ല അനുസരണയോട് ക്യൂ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ബ്യൂറേജസ് കോർപ്പറേഷൻ്റെ ഒക്കെ നമ്മളതിലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ബിവറേജസ് കോർപ്പറേഷൻ്റെ അടുത്തടുത്ത് വന്ന് നിർത്തി നോക്കാറുണ്ട് എന്തോ ഒരു അച്ചടക്കത്തിലാണ് ജനങ്ങൾ ക്യൂ നിൽക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല ലഹളയില്ല ബഹളം ഇല്ല പോലെ അമ്പത്തിലൊക്കെ ആണെങ്കിൽ എന്താ സ്ഥിതി നട തുറക്കുമ്പോഴത്തേക്ക് കൊടിമരടക്കം പുഴുത്താൻ തൊക്കെയാണ് തിരക്കിലാണ് ജനങ്ങൾ പോവുക ഇപ്പോൾ ഭഗവാനെ കണ്ടാളും മറ്റൊരു തിരക്കും ഒക്കെ ക്രമത്തില പക്ഷെ ഇത് അതിനേക്കാൾ ചിട്ടലായി കഴുത പോവുക അതിൻ്റെ പിന്നൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ എന്നൊരു അവസാന ഒരു കുട്ടി ഉണ്ടാവും ഇപ്പൊ ഇരുപത് കഴുതും കഴിഞ്ഞാൽ ഒരു കുട്ടി അത് കഴുതും തെറ്റി പോയിട്ടില്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് കുട്ടികളാണ് സൈറ്റിലേക്ക് എത്തിച്ചു വരുന്നത് ഈ മുമ്പത്തെ കഴുത ഇങ്ങനെ ഇല കടിക്കാൻ വേണ്ടിയാ പോണത് കുട്ടി കൊടുക്കുക കുട്ടി അതിനനുസരിച്ച് അതിനനുസരിച്ച് ഈ കഴുത ആയതോർന്ന് മുന്നോട്ട് മുന്നോട്ട് പോവും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ എവിടെ ആ കുട്ടിയെ സൈറ്റിലെത്തിയാലേ കൊടുക്കുള്ളൂ ഇതുപോലെ ഈ വിഷയസുഖം കൊണ്ട് സുഖായി ഇതുകൊണ്ട് സുഖായി ഇതുകൊണ്ട് സുഖായി എന്ന് വിചാരിച്ച് നമ്മൾ വിഷയങ്ങളുടെ പിന്നാലെ നട്ടോട്ടോടുകയാണ് പിന്നെ സങ്കല്പിക്കും സുഖായിക്കും ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ സുഖ ഒരു സങ്കല്പല്ലേ സങ്കല്പല്ലാണ്ട് എന്തു സുഖമുള്ളത് ചിന്തിക്ക ആപേക്ഷികമാണ് തീർത്തും വളരെ പ്രഗത്ഭനായൊരു ഡോക്ടർ അദ്ദേഹം ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടറാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു സ്വാമിജി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബലാത്സംഗങ്ങളിൽ പകുതി പോലും ബലാത്സംഗങ്ങളല്ല സ്ത്രീയും പുരുഷനും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു പക്ഷേ ആരെങ്കിലും കണ്ടുപോയിന്ന് തോന്നിയാൽ ഉടനെ ബലാത്സംഗമാക്കി മാറ്റി പിന്നെ പുരുഷനഷ്ടപ്പെടുത്തും ഇപ്പം ഡോക്ടർമാർക്ക് പരിശോധനയിൽ മനസ്സിലാവും ബലാത്സംഗം കാണുമല്ലോ അവർക്ക് ബലാത്സംഗത്തിൻ്റെ ഒരു ലക്ഷണമില്ല പക്ഷെ ബലാത്സംഗം കാണും പോലീസ് കേസ് ബലാത്സംഗം എന്നാണ് എന്തുകൊണ്ട് പൈസ കൊടുത്തു ടിക്കറ്റ് എടുത്തു മൃഗശാലയിൽ പോയി കരിമ്പുല്ലിയുടെ കൂട്ടിൻ്റെ അടുത്താണ് കൂടിനോട് ചേർന്ന് നിൽക്കുക കരിമ്പൂലി അവിടുന്ന് ഇങ്ങനെ വായം തുറന്ന് നാവ് നീട്ടിയിട്ട് തന്നെ നോക്കുമ്പോൾ എനിക്കൊരു അഭിമാനവും സന്തോഷവും അപ്പോഴത്തേക്ക് മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് ആൾക്കാർ കാരണം ഒരു പ്രശ്നമില്ല ഞാനും കരിമ്പൂലി അടുത്ത് നിൽക്കുന്നതാണ് ആ കരിമ്പുലിയോട് എത്ര ചേർന്ന് നിൽക്കുന്നു അത്രയും എനിക്കൊരഭിമാനവും സുഖവും കിട്ടുന്നുണ്ട് അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വരുന്നത് കൂടിക്കോപ്പ് കൂട് പൊട്ടി എങ്ങോട്ടോട്ടെ കരിമ്പൂലീൻ്റെ മുമ്പ് ഒന്ന് ഒരു സെക്കൻഡ് മുമ്പ് എനിക്ക് അനുകൂലമായത് സുഖപ്രദമായത് ഇപ്പെന്തായി പ്രതികൂലമായി ദുഃഖപ്രദമായി ഇത്രയല്ലേ ഉള്ളൂ ഇത്രയേ സുഖങ്ങള് അധ്യാത്മരാമായണം മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് യഥാ വ്യാഴോപി ഭേഗോ ഭോഗാനപേക്ഷതയെ പാമ്പിന്റെ വായന്റെ ഉള്ളിലാണ് ഇത് അവളെ ഇരിക്കുന്നത് പാമ്പിൻ്റെ വായയുടെ ഉള്ളിലാണ് തവള ഇരിക്കണത് തവളയുടെ വായി തുറന്നിരിക്കുക അപ്പോഴാ മുമ്പ് കൂടെ ഒരു പാറ്റ പോകണത് ഘടന നാവ് തീട്ടിയ പാറ്റയെ പിടിക്കാൻ നോക്കുക തവള ഇത്രയുള്ളൂ ഇന്ദ്രിയ സുഖങ്ങൾ ശരി സന്തോഷം എന്തായാലും സുഖം സുഖല്യാന്ന് പറയണില്ല സുഖല്യാന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇന്ദ്രിയസുഖണ്ട് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചേർച്ച ഉണ്ടാവുമ്പോൾ സുഖം അത് താത്കാലികമാണ് ഹ്രസ്വമാണ് ിരിക്കട്ടെ എന്നാൽ ലൗകിക ജീവിതം ഉപേക്ഷിക്കുന്ന ഏഹ് ലൗകിക ജീവിതം ഉപേക്ഷിക്കെ സന്യാസ ജീവിതം നയിക്കുന്ന സ്വാമിമാർക്ക് ജീവിതത്തിൽ എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ന് ആരാധ്യനായ സ്വാമിജി വിശദീകരിച്ചു തരണം ലൗകിക ജീവിതം ഞങ്ങൾ ആരും ഉപേക്ഷിച്ചിട്ടില്ല ചിദാന്തപുര സ്വാമി എന്തായാലും ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിച്ചു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കള്ളതരമാണ് ഒരു ചെറുപ്പക്കാരം വന്നിരുന്നു ആശ്രമത്തില് സ്വാമിജി ഞാൻ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് നീ ഇവിടേക്കാണോ വന്നത് അതെ സ്വാമിയെ കണ്ടാൽ അത് വഴിയാവുന്ന ഒരാൾ പറഞ്ഞു തന്നു സ്വാമി ലൗകിക ഉപേക്ഷിച്ചിട്ടില്ല ലോകത്തിലെ വായുവാണ് ശ്വസിക്കുന്നത് ലോകത്തിലെ വെള്ളമാണ് കുടിക്കണത് ലോകത്തിലാണ് ഇരിക്കുന്നത് ലോകത്തിലെ ധാന്യമാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ പച്ചക്കറിയാണ് ഭക്ഷണം കഴിക്കുന്നത് ലോകത്തിലാണ് സഞ്ചരിക്കുന്നത് ലോകവുമായി ബന്ധപ്പെട്ടത് ലൗകികം എന്ത് ലൗകിക ഉപേക്ഷിച്ചത് ഭാര്യ കുട്ടിയില്ലയെന്ന് മാത്രം ബാക്കിയൊക്കെ ഉണ്ട് വേറെ എന്തല്ലാതെ അല്ലാണ്ട് അതിലേ സത്യം അവിടെ ലൗകികമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല ലോകത്ത് തന്നെ നമ്മൾ ഈ സംസാരം ലൗകികല്ലേ അലൗകികമാണോ ഈ സംസാരം ഇത് ലോകത്തിലൂടെ വരുന്നു നിങ്ങൾ കേൾക്കുന്നു ലൗകികമാണ് ലോകത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കണത് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും ലൗകികമാണ് ലൗകികമല്ല തലം വ്യാവഹാരിക തലം മുഴുവൻ ലൗകികമാണ് അതുകൊണ്ട് ലൗകിക ജീവിതം ഉപേക്ഷിക്കുന്നതു മാറ്റി അപ്പൊ പിന്നെ സന്യാസം എന്താ സന്യാസം ലൗകിക ജീവിതം ഉപേക്ഷിക്കുകയല്ല ലൗഹികം നന്നായി ജീവിക്കുകയാണ് ഒന്നും കൂടി വ്യക്തമാക്കാം കാമ്യകർമ്മത്യാഗമാണ് സന്യാസം കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോവിധു എനിക്കിത് കിട്ടണം അത് കിട്ടണം അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഈ ലോകത്ത് പേര് വേണം പ്രശസ്തി വേണം എന്നൊക്കെ ആഗ്രഹിച്ച് പല യജ്ഞങ്ങൾ ചെയ്യുന്നു യാഗങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് യാഗം ചെയ്യുന്നു സോമയാഗം അതിരാത്രം അത് ഇത് എന്ന് ഒരുപാട് യാഗവിശേഷങ്ങൾ ഈ കർമ്മങ്ങളെ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചവനാണ് സന്യാസി കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോവിധു വേറൊരു നിലയ്ക്ക് നോക്കിയാൽ േഭ്യോ വി പ്രവജന്തി എന്ന് ശ്രുതിയുണ്ട് പ്രവൃന്തി അവയിൽ നിന്ന് ഉയർന്നിട്ട് സന്യസിക്കുന്നു ഏവയിൽ നിന്നുയർന്നിട്ട് പുത്രേഷണായാശ്ച വിഷണായാശ്ച ലോകേഷണായാശ്ചായം ചരന് തേ പുത്രേഷണ വിത്തേഷണ ലോകേഷണ എന്റെ മക്കള് എന്റെ ധനം എന്റെ ലോകം ഈ മൂന്ന് ഏഷണകളെ ഉപേക്ഷിച്ചവനാണ് സന്യാസിന്റെ മക്കള് എന്റെ ധനം എന്റെ ലോകം അല്ല ഇത് ബാക്കിയുള്ളവരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണോന്ന് വിചാരിക്ക ആരതാപ്പതൊക്കെ കസ്യസിനം ഇത് എൻ്റെ എൻ്റെ മോനാണ് ആ സ്വാമിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൃച്ഛതി കുശലം എത്ര കാലം വരെ ഉള്ളിൽ കാറ്റിങ്ങനെ സഞ്ചരിക്കോ മര്യാദക്ക് അത്ര കാലം വരെ വീട്ടിലെല്ലാവരും കുശലം ചോദിക്കും ഗഗപതി പ്രാണേ പായം വന്ന് പ്രാണം പോയി കഴിഞ്ഞാൽ പോലും പേടിക്കുകയാണ് ആ ശരീരത്തിൽ എത്രയല്ലേ ഉള്ളൂ അല്ല അതിൽ കവിഞ്ഞുണ്ടോ അറിയില്ല എന്റെ എന്തെന്റെ അല്ല പറയണത് വല്ല അസത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ഉപർജന ശക്ത ശക്ത അവിടെയും പാഠഭേദങ്ങളുണ്ട് എത്ര കാലം വരെ പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ടോ അക്കാലം വരെ വീട്ടുകാർക്കൊക്കെ വലിയ പ്രിയ ഉണ്ടാവും എന്താ ചായ കുടിച്ചോ ചാ അമ്മേ ചായ കുടിച്ചോ അപ്പി പിടിച്ചോ എന്നൊക്കെ ചോദിക്കും പണം സമ്പാദിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു നോക്കട്ടെ പിന്നെ ജല ബാധിച്ച ദേഹത്തിൽ വടിയും കൊത്തി നടക്കുകയാണ് അമൃ ചതി കോട്ടിലൊരാളും വർത്താനം ചോദിക്കണില്ലാ പോവാത്തെന്നുള്ള മട്ടിലാ ചോദിക്കണത് അല്ല പറഞ്ഞത് വല്ല വിരോധം ഉണ്ടെങ്കി പറയാം നിനക്ക് അല്ലേ അപ്പൊ എന്റെ ചെയ്യാനുള്ളത് ചെയ്തോളൂ മര്യാദയ്ക്ക് ജീവിച്ചോളു സന്തോഷമായി ജീവിക്കുക ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ആരിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചാലും അത് ശിഷ്യനിൽ നിന്നായാലും ഗുരുവിൽ നിന്നായാലും അച്ഛനിൽ നിന്നായാലും മകളിൽ നിന്നായാലും മകനിൽ നിന്നായാലും ഭാര്യയിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും ആരിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിച്ചാലും നാളെ ദുഃഖിക്കേണ്ടി വരും പ്രത്യുപകാരം പ്രതീക്ഷിക്കാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്യുന്നു കുഞ്ഞു ജനിച്ചു കുഞ്ഞിനെ വളർത്തേണ്ടത് എൻ്റെ കർത്തവ്യം മുലയ്യൂട്ടി വളർത്തേണ്ടത് എൻ്റെ കർത്തവ്യം വേണ്ടതൊക്കെ നോക്കേണ്ടത് എന്റെ കർത്തവ്യം ഈ കർത്തവ്യതാ കൂടി ചെയ്തോളു അതിൽ കവിഞ്ഞ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഈ അതിനെ നിസ്സാരത മനസ്സിലാക്കിയിട്ട് ഉപേക്ഷിച്ചവനാകുന്നു സന്യാസി അപ്പോഴാണ് ചോദ്യം അയാൾക്ക് എന്ത് സുഖാണുള്ളത് ഇതൊരു ജീവിത വീക്ഷണമാണ് കിം പ്രജയാ കരിഷ്യാമോ യേശാം നോയം ആത്മാ എം ലോക ഒരു ചർച്ച വരുന്നുണ്ട് പുത്രോ മേ സിയാദ് എനിക്കൊരു കുട്ടി ഉണ്ടാവണേ എന്നാണ് ചർച്ചയുടെ ആരംഭം ഇപ്പൊ ഉണ്ടാവണം കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ജായാ മേ എനിക്ക് ജായ ഉണ്ടാവണേ ജായ എന്ന് പറഞ്ഞാൽ തനിക്ക് പുത്രനെ അഥവാ പുത്രിയെ നൽകുന്നവൾ ആരോ അവൾ ജായ ആത്മാർത്ഥം പുത്രംബാ പുത്രിയും ബാ ജനതീതി തനിക്ക് ആയിക്കൊണ്ട് പുത്രനെയോ പുത്രിയെയോ തരുന്നവൾ ആരോ അവൾ ജായ ഭാര്യ എന്ന് പറഞ്ഞേക്കരുത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് ആരാ ഭരിക്കണതെന്ന് വീട്ടിൽ പോയി വെക്കാതെ മനസ്സിലാവുള്ളൂ നമുക്കറിയില്ല ജായ അത് മാറ്റാൻ തരല്ല അത് സ്ത്രീക്ക് ജായയാവാൻ കഴിയും പുരുഷന് ജായിയാവാൻ കഴിയില്ല ജായ എനിക്കൊരു ജായ ഉണ്ടാവണേ ആഗ്രഹിച്ചു ജായ ഉണ്ടായി ജായ ഉണ്ടായി കുട്ടിയുണ്ടായി എന്തിനാ കുട്ടീനാഗ്രഹിച്ചത് ആ അതിനൊരു ശ്രുതിയുണ്ട് എന്താ ശ്രുതി പുത്രേണയം ലോകോ ജയ്യാ നാന്യേന കർമ്മണ കർമ്മണ പിതൃലോക വിദ്യയാ ദേവലോക ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ സന്താനം വേണം സന്താനത്തെ കൊണ്ട് മാത്രമേ ഈ ലോകം ജയിക്കാൻ പറ്റൂ ഈ ലോകത്തെ ജയിക്കണോ നിർബന്ധമാണ് മക്കൾ വേണം അതിനപ്പുറത്തേക്ക് മക്കളെ കൊണ്ട് ഉപകാരമില്ല അപ്പോൾ പിതൃലോകം കിട്ടണോ പിതൃലോകം കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ സത്കർമ്മങ്ങൾ ചെയ്തോളുക കർമ്മണാ പിതൃലോകഹ കർമ്മങ്ങളെ കൊണ്ട് പിതൃലോകം കിട്ടും സത്കർമ്മങ്ങളെ ചെയ്യാ നല്ലോണം എന്നാ പിതൃലോകം കിട്ടും ശരി പിതൃലോകത്തിനുപരിക്ക് ദേവലോകം വേണം ഒറ്റ വഴിയുള്ളൂ വിദ്യയാ ദേവലോക വിദ്യ കൊണ്ട് ദേവലോകം കിട്ടും അപ്പം ഈ മൂന്ന് ലോകങ്ങളെ ആഗ്രഹിച്ചു എനിക്ക് കുട്ടികളുണ്ടായി പിന്നെണ്ടായി നല്ല കർമ്മങ്ങൾ ചെയ്തു പിതൃലോകം സമ്പാദിക്കാൻ മെനക്കെട്ടു അത് കഴിഞ്ഞ് കൊറേ ഉപാസനകളൊക്കെ ചെയ്തു ദേവലോകം സമ്പാദിക്കാൻ മെനക്കെട്ടു ഇപ്പോഴാ ചിന്ത വരുന്നത് ആത്മായും ലോക ഈ കുട്ടീനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യാ ഇതുകൊണ്ട് ഇപ്പൊ ആത്മലോകം ഒന്നും കിട്ടില്ലല്ലോ മക്കൾ ഉണ്ടായിന്നുള്ള ആത്മജ്ഞാനൊന്നും കിട്ടാൻ പോണില്ലല്ലോ ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും ഇവിടെയാണ് സന്യാസത്തിന്റെ ആരംഭം ഭൗതികമായ ഒരു വസ്തുവെ കൊണ്ടും ആത്മജ്ഞാനപ്രാപ്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സന്യാസത്തിന്റെ ആരംഭം അപ്പൊ ഏത് തിരിച്ചറിവ് വന്നു കഴിഞ്ഞു അവൻ അത് അന്വേഷിക്കും അന്വേഷിക്കുന്നത് കണ്ടെത്താനുള്ള സപര്യ അതാണ് ജീവിതം വിഷയങ്ങളിൽ സുഖം അന്വേഷിക്കുന്നുവോ അത് കണ്ടെത്താൻ ശ്രമിച്ചോളൂ അതിലൊരു സുഖമുണ്ട് പരമമായ സത്യാന്വേഷണത്തിന്റെ മാർഗത്തിലാണോ അത് കണ്ടെത്താൻ ശ്രമിച്ചോളൂ അതിലൊരു സുഖമുണ്ട് അവനവന്റെ വീക്ഷണമനുസരിച്ചാ സുഖം അപ്പോ സന്യാസിയെ സംബന്ധിച്ച് സത്യസ്വരൂപത്തെ അന്വേഷിക്കുന്ന ജീവിതക്രമം സാധനാ സുഖത്തു നൽകുന്നു പിന്നീട് അയാൾ ഗുരുവിന്റെ കൃപ കൊണ്ട് ക്രമങ്ങളെ കൊണ്ട് ശ്രവണ മനനങ്ങളെ കൊണ്ട് തത്വസാക്ഷാത്കാര സമ്പന്നനായി കഴിഞ്ഞാൽ അയാൾ ആനന്ദത്തിലാണ് അയാൾ ആനന്ദത്തിലാണ് സുഖമല്ല സുഖത്തിനുമുപരിയുള്ള നിരതിശയമായ സുഖത്തിലാണ് അയാൾ ആനന്ദം പിന്നെ അയാൾക്ക് എന്താ വട്ടെ അയാൾക്ക് പ്രശ്നമല്ല ദേശകാല പരിമിതിരഹിതം ആയ സുഖത്തെയാൽ പ്രാപിച്ചിരിക്കുന്നു അയാൾക്ക് ആനന്ദമേ ഉള്ളൂ ആനന്ദം സന്യാസ നിഷ്ഠയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു മഹാൻ അറിയിച്ചാൽ ഒന്ന് പോയിട്ട് അടുത്ത് കുറച്ച് നേരം പോയിരുന്നാൽ മതി ഒരു സുഖം നമുക്കും ഉണ്ടാവും അത് എവിടുന്നാ ഉണ്ടാവൂണേ അയാൾ ആനന്ദത്തിലാണ് അതിൻ്റെ സ്ഫുരണമാണ് ലൗകികനതല്ല അതിനെ അസുഖം കിട്ടും നേട്ട കിട്ടിയ അസുഖം ഉണ്ടാവും എന്ന് വിചാരിച്ചു നെട്ടോട്ടം കൊണ്ടുവരണം അതായത് ആദിയിലും ദുഃഖം അന്തത്തിലും ദുഃഖം മധ്യത്തിൽ അല്പസുഖം അത്രേ ഉള്ളു എന്നാൽ സത്യാന്വേഷകന് സാധനാ സുഖം സത്യസാക്ഷാത്കാര സമ്പന്നൻ ആനന്ദം ഇത് അളവറ്റ സുഖമാണ് അളവറ്റ സുഖമാണ് മറ്റത് അളവുള്ള സുഖമാണ് മറ്റതിൻ്റെ ആദിയിലും അന്തത്തിലും ദുഃഖമാണ് ഇവിടെ ആദ്യയിലും മധ്യത്തിലും അന്ധത്തിലും ആനന്ദമാണ് സുഖമാണ് സുഖമേ ഉള്ളൂ സുഖം മാത്രം ഒരൊന്നുമില്ല സ്വാമി സുഖം തന്നെയല്ലേ പിന്നെ എന്തെ ഉണ്ടാവാൻ ഒരൊന്നും ഉണ്ടാവാൻ ഇല്ല അല്ല സ്വാമിക്ക് അസുഖാന്ന് കേട്ടുമല്ലോ തകരാറ് നിന്റെ ചെവിക്കുക നീ കേട്ടതിൽ തെറ്റാണ് ഒരസുഖമില്ല അല്ല സ്വാമി അസുഖമായിട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ല കിടക്കുകയായിരുന്നു ഇപ്പൊ ആശുപത്രിയിലൊക്കെ ആയിരുന്നു കേട്ടോ അതെ ആശുപത്രിയിലായിരുന്നു രോഗമായിട്ട് അസുഖം അസുഖമില്ല രോഗമായിട്ട് ആശുപത്രിയിലായിരുന്നു രോഗം വരുമ്പോ ദേഹം പഞ്ചഭൗതികം ഇതൊരു വീക്ഷണമാണ് അവിടെ ആർക്കും അസുഖം ഉണ്ടാവരുത് ഇരിക്കുന്ന ആർക്കും അസുഖം ഉണ്ടാവാൻ പാടില്ല രോഗങ്ങൾ ഉണ്ടാവാം രോഗം ഉണ്ടാവും പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ട ദേഹമാണോ ത്രിദോഷങ്ങളെ സമ്മിളിതമാണോ രോഗം ഉണ്ടാവും രോഗം ഉണ്ടാവണം ഒരു രോഗമില്ലാച്ച പിന്നെ എന്തിനു കൊള്ളും ജീവിതം എന്തെങ്കിലുമൊക്കെ വേണം പക്ഷേ ഒരിക്കലാ സുഖം ഉണ്ടാകരുത് സുഖായിരിക്കണം ഒരിക്കൽ ഒരു മഹാത്മാവിന് അദ്ദേഹം ഒരു വിശ്വപ്രസിദ്ധനായിട്ട് അദ്ദേഹം തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് അദ്ദേഹത്തിന് സ്വീകരണം നൽകി വലിയ സ്വീകരണ സമ്മേളനം ആ സ്വീകരണ സമ്മേളനത്തിൽ ഒരാൾ പ്രസംഗിച്ചു ഗംഭീരമായിട്ട് അല്ലെങ്കിൽ അത്തരം സമ്മേളനങ്ങളൊക്കെ പ്രസംഗശേഷിയുള്ള ഒരാണല്ലോ സംസാരിക്കുക ആ ഗംഭീരമായിട്ട് ചെയ്തു നമ്മുടെ സ്വാമി വലിയ മഹാനായിട്ട് അറിയപ്പെട്ടിരിക്കുകയാണ് എത്ര വലിയ ത്യാഗമാണ് അദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തെ പോലെ ഒരു ത്യാഗിയെ നമ്മൾ കാണുക ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ വിവിധ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇവൻ ഇയാളെല്ലാ വിഷയങ്ങളെയും ഉപേക്ഷിച്ച് ത്യാഗത്തിൻ്റെ ജീവിതത്തെ സ്വീകരിച്ചിരിക്കുകയാണ് ഈ മഹാത്യാഗിയെ നമ്മുടെ നാട് സ്വീകരണ യോഗത്തിന് മറുപടി ഈ സന്യാസി പറയാൻ ആരംഭിച്ചു ഞാൻ ഒരു ത്യാഗവും ചെയ്തിട്ടില്ല ഞാനൊന്നും ത്യജിച്ചിട്ടില്ല കാരണം സമസ്ത ജീവരാശികളിലും വെച്ച് എൺപത്തിനാല് ലക്ഷം ജീവയോനികളിൽ വെച്ച് ഏറ്റവും ഉയർന്ന തലത്തിൽ വിരാജിക്കുന്ന മനുഷ്യൻ്റെ ഏകമായ സവിശേഷത തത്വജ്ഞാനത്തിനുതകുന്ന വിശേഷബുദ്ധിയാണ് ആഹാരം കഴിക്കുക ഉറങ്ങുക ഭയപ്പെടുക സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെടുക ഇതൊക്കെ എല്ലാ ജന്തുക്കളും കൃമികളും കീടങ്ങളും പതങ്കങ്ങളും പട്ടികളും പൂച്ചകളും കാക്കകളും കോഴികളൊക്കെ ചെയ്യുന്നതാണ് അതിൽ നിന്നുയർന്ന മനുഷ്യന്റെ ആകെയുള്ള കഴിവ് വിശേഷ ബുദ്ധിയാണ് അതിലൂടെ അറിയാനുള്ള ശേഷിയാണ് അതിനെ ഞാൻ ത്യജിച്ചിട്ടില്ല അതിൻ്റെ പ്രേരണയ്ക്ക് അനുസൃതമായി കണ്ടെത്താനുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ നയിച്ചിരിക്കും ഞാൻ നയിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മുമ്പിലുള്ള നിങ്ങളൊക്കെ എത്ര വലിയ ത്യാഗികളാണ് ആ ത്യാഗത്താലോചിച്ചിട്ടാണ് എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നത് എത്ര വലിയ ത്യാഗികൾ കാരണം മനുഷ്യൻ്റെ ഈ സിദ്ധിയെ മുഴുവൻ നിങ്ങൾ ത്യജിച്ചിരിക്കുകയാണല്ലോ അറിയാനുള്ള കഴിവിനെ ത്യജിച്ചിരിക്കുന്നു മനുഷ്യനാകെയുള്ള സവിശേഷതാ അവന്റെ വിശേഷ ബുദ്ധി മാത്രമാണ് അതിനെ നിങ്ങൾ ത്യജിച്ചിരിക്കുന്നു എന്തൊരു ത്യാഗം എന്ന് അദ്ദേഹം മറുപടി പ്രസംഗം പറഞ്ഞപ്പോഴാ നമ്മുടെ പ്രസംഗക്കാരനത് പറയേണ്ടിയില്ലായിരുന്നു തോന്നിയത് ഏതാ ശരി ഏതാ ശരി അയാക്കത് ശരി ഇയാൾക്ക് ഇത് ശരി ദൃഷ്ടിയുടെ വ്യത്യാസമാണത് ഓഹ് അല്ലെങ്കിൽ ഇവിടെ സുഖാന്ന് പറയുന്നതിനൊക്കെ വലിയ സുഖമായിട്ടാണല്ലോ ഇരിക്കേണ്ട അത് അഞ്ചു മിനിറ്റ് സംസാരിച്ചാൽ മതിയോ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്ത് വരും എന്ത് ദുഃഖങ്ങളുടെ ശൃംഖല അതൊക്കെ അങ്ങനെ കൃത്രിമായിട്ട് വലിയ സുഖന്നും പറഞ്ഞിരിക്കുക പണ്ടൊക്കെ കത്തെഴുതുന്ന കാലത്തുണ്ടായിരുന്നു ഇവിടെ സുഖം തന്നെ അവിടെയും സുഖമെന്നും വിശ്വസിക്കുന്നു ഓസ്മേം വായിച്ചു എന്നാ പിന്നെ കോട്ടെ തോട്ടിലേക്ക് എറിഞ്ഞാ ഇത്രേ ഉള്ളൂ അതെ ഇന്നിപ്പോ കത്തെഴുത്തില്ലാത്തതുകൊണ്ട് അതൊരു കൂടം സങ്കല്പമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണോ നമുക്ക് ജീവിതത്തെ സംബന്ധിച്ച വീക്ഷണം എന്താണോ അതിനനുസരിച്ച് സുഖസങ്കല്പം മാറി വരും മനസ്സിലാക്കുക അതുകൊണ്ട് സാധനാ മാർഗത്തിൽ കഴിയുന്ന സന്യാസിക്ക് സാധനാനന്ദം ജ്ഞാനനിഷ്ഠനായ സന്യാസിക്ക് പരമാനന്ദം ീ സുഖത്തെക്കുറിച്ചൊരു താരതമ്യം ഉപനിഷത്തിൽ ചെയ്യുന്നുണ്ട് ഒരു സാധു അയാള് ശ്രേഷ്ഠൻ കരുത്തൻ യുവാവ് ശ്രദ്ധിക്കണേ ചക്രവർത്തി സർവഭൂമിയും അവൻ അധീനം ദേവാങ്കനകൾ പോലും അസൂയപ്പെടുന്ന സുന്ദരികൾ അവൻ്റെ സേവയ്ക്ക് ഇഷ്ടം പോലെ ആയുസ്സും എന്തെല്ലാം ലോകത്തിൽ നേടാമോ അതിന്റെ പരമാവധി അങ്ങനൊരു മനുഷ്യനെ സങ്കല്പിക്കൂ സങ്കല്പിക്കാനേ ഒക്കെ സങ്കൽപ്പിക്കാനേ ഒക്കുക അങ്ങനത്തെ ഒരാൾ ഉണ്ടാവില്ല ആരാണ്ടാവുക ആരും ഉണ്ടാവാൻ പോകുന്നില്ല ഒന്നുണ്ടെങ്കിൽ ഒന്ന് കുറവുണ്ടാവും മനുഷ്യനാണെങ്കിൽ ഉറപ്പ് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ വേറൊന്നിന്റെ കുറവുണ്ടാവും ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ ഇങ്ങനെ മനുഷ്യനെ ആ മനുഷ്യൻ്റെ ആനന്ദമാണ് മനുഷ്യാനന്ദംപനിഷത്തിൽ പറയും ഈ മനുഷ്യാനന്ദത്തിൻ്റെ നൂറരട്ടിയാണ് സാധാരണ ഗന്ധർവന്മാരുടെ ആനന്ദം അതിൻ്റെ അതിനു തുല്യമാണ് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ മഹാത്മാവിൻ്റെ ആനന്ദം അതിൻ്റെ നൂറരട്ടിയാണ് പിതൃദേവന്മാരുടെ ആനന്ദം അതിന്റെ നൂറരട്ടിയാണ് കർമ്മദേവന്മാരുടെ ആനന്ദം അതിന്റെ നൂറരട്ടിയാണ് ആ ദേവന്റെ ആനന്ദം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇന്ദ്രൻ്റെ പ്രജാപതിയുടെ ബ്രഹ്മാവിന്റെ അങ്ങനെ അങ്ങ് പോകും ഈ ഓരോ തലത്തിലും പറയും ഇതിന് തുല്യമാണ് ശ്രോത്രിയനും അകാമഹതനുമായ വിജ്ഞാനിയുടെ ആനന്ദം അതിന് തുലനമില്ല മറ്റൊക്കെ തുലനമുണ്ട് അതുകൊണ്ട് ആത്മാരാമനായ ആത്മനിഷ്ഠനായ ഒരു മഹാന്റെ ആനന്ദത്തിന് തുലനമില്ല ഈ പറയുന്നതിന് സംശയമില്ല സ്വാമിജിക്ക് പ്രണാമങ്ങൾ പ്രണാമങ്ങൾ ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ വായിച്ചതിൽ പ്രധാനം ആയും ഗുരുസമക്ഷം ഒരു യോഗിയുടെ ആത്മകഥ എന്നിവയിലെല്ലാം അവധൂത മഹാത്മാക്കളെപ്പറ്റി പരാമർശിക്കുന്നത് കണ്ടു ആ രാണി അവധൂത മഹാത്മാക്കൾ ഇതുപോലുള്ള പല അനുഭവങ്ങളും സ്വാമിജിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതുകൊണ്ട് എല്ലാം ഇതുകൊണ്ടെല്ലാമാണോ പഴയ കാലത്തുള്ള മുത്തശ്ശി അമ്മമാരും മറ്റും പറയുന്നത് ആരെന്നറിയാതെ അലയുന്ന ആളുകളെ നിസ്സാരനായി കാണരുതെന്ന് ഇതേ പറ്റി വിശദീകരിക്കാമോ ആരെയും നിസ്സാരനായിട്ട് കാണരുത് ലോകത്തിൽ ആരെയും നിന്ദിക്കരുത് ആരെയും വില കുറഞ്ഞു കാണരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പുറമേ കാണുന്ന പൊങ്ങച്ചങ്ങളോ പുറമേ കാണുന്ന ഭാവങ്ങളൊന്നും ആയിരിക്കില്ലേ ആന്തരികമായത് ഇനി ആരെയും വന്ദിക്കാൻ കഴിയില്ലേ വന്ദിക്കേണ്ട നിന്ദിക്കാതിരിക്കുക ഒരാളെ നന്ദിക്കരുത് കൊച്ചു കുഞ്ഞിനെ കണ്ടാലും നിന്ദിക്കരുത് വൃദ്ധനെ കണ്ടാലും നിന്ദിക്കരുത് ഭ്രാന്തനെ കണ്ടാലും നിന്ദിക്കരുത് കാരണം അവൻ ഭ്രാന്തൻ നമ്മുടെ ദൃഷ്ടിയിലാ അത് ഇത്ര വലിയ മഹാത്മാവാന്ന് നമുക്കറിയില്ല നമ്മുടെ ദൃഷ്ടിയിൽ ഭ്രാന്തന എന്തുകൊണ്ട് അവൻ പറയണതോ അവൻ ചെയ്യണതോ നമുക്കറിയാതിരിക്കുമ്പോ അവൻ നമ്മുടെ ദൃഷ്ടിയിൽ ഭ്രാന്തൻ അല്ലാണ്ട് അല്ലാണ്ട് പരാ ഭ്രാന്തനാരാ ഭ്രാന്തൻ അല്ലാത്തവൻ നിനക്ക് ആർക്കാ പറയാൻ പറ്റ ഭ്രാന്തന്റെ നിർവചനം ഇന്നാള് ഭ്രാന്തനാണ് ഇന്നവരൊക്കെ ഭ്രാന്തന്മാരാരക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല നമുക്ക് ഒക്കെ ഉണ്ട് കുറച്ച് ഡിഗ്രി കുറച്ച് കൂടും പറയും അത്രയേ ഉള്ളൂ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ നോർമൽ ആയിട്ട് പറയും ആ റേഞ്ചിന് പുറത്തും കിഴ്പ്പെട്ടു ആയാൽ നോർമൽ അല്ല പറയും അത്രയല്ലേ ഉള്ളു അല്ലാണ്ട് ഇന്നത് പ്രാന്ത ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ആരെയും നിന്ദിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്ക ആരെയും നിന്ദിക്ക മാത്രല്ല ആരെയും അളന്നു തൂക്കാനും പോട്ടേകം ശ്രദ്ധിക്കണം ആരെയും നിന്ദിക്കരുതെന്ന് മാത്രല്ല ആരെയും അളന്നു തൂക്കാനും പോകരുത് അളക്കാൻ ഞാനാര് തൂക്കാൻ ഞാനാര് ഞാൻ ഏതെങ്കിലും ഒരാളെ അളക്കുകയോ തൂക്കുകയോ ചെയ്യുമ്പോൾ വേറൊരാൾ എന്നെയും അളക്കുകയും തൂക്കുകയും ചെയ്യുന്നുണ്ടാവുമെന്ന് ശരി വിഷയത്തിലേക്ക് വരാം ആരാണ് അവധൂതൻ എന്ന് പറഞ്ഞാൽ അവധൂയ സർവം വർത്തത എല്ലാ വ്യാവഹാരിക തലങ്ങളെയും കഴുകി ജീവിക്കുന്നവൻ ആരോ ഉപേക്ഷിച്ച് ജീവിക്കുന്നവൻ ആരോ അവനാണ് അവധൂതൻ ഒന്നുകൂടി വ്യക്തമാക്കാം ഈ പ്രപഞ്ച മിഥ്യാത്വം ബോധിച്ചു ഈ കാണാകുന്ന സകലവും മിഥ്യയാണ് സത്യമായത് ബ്രഹ്മം ഒന്ന് മാത്രം ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ ജഗത്ത് അസത്തെന്ന് പറഞ്ഞില്ല അത് ശ്രദ്ധിക്കണം ജഗത്ത് അസത്വന്നല്ല പറഞ്ഞത് മിഥ്യ എന്നാണ് പറഞ്ഞത് ഈ ഒരു തത്വവിജ്ഞാനത്തിലേക്ക് ഉയർന്ന ലോകവും ലൗകിക തലങ്ങളും നിസ്സാരത്തിൽ നിസ്സാരം എന്ന് ബോധിച്ച തുച്ഛം ലോകവും ലൗകികവും തുച്ഛമാണ് എന്ന് ബോധിച്ച ഒരു മഹാൻ ഒരു വിജ്ഞാനി ആ വിജ്ഞാനിക്ക് രണ്ടു തരം ജീവിതക്രമം സാധിക്കും ഒന്ന് ലോകമര്യാദകളെ അംഗീകരിച്ചു കഴിയുക രണ്ട് ലോകമര്യാദകളെ അംഗീകരിക്കാതെ കഴിയുക ഇപ്പൊ ലോകമര്യാദകളെ അംഗീകരിച്ചു കഴിയുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അംഗീകൃതമായ വ്യവഹാര ശൈലി പാലിക്കും കണ്ടു ചിരിച്ചു ആ എന്തൊക്കെയാ വർത്താനം ചേച്ചു കൂസിൽ പോയി അല്ലെങ്കിൽ കുളിച്ചോ കഴുകി ഇങ്ങനെയൊക്കെ ഉള്ള ക്രമത്തില് അങ്ങനെ ലോകമര്യാദകളെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാം അതൊരു ശൈലി ലോകമര്യാദകളെ അംഗീകരിക്കാതെ ജീവിക്കാം അത്രയുള്ളൂ രണ്ട് ജീവിത ശൈലികൾ സാധിക്കും ഇതിൽ ലോകമര്യാദകളെ അംഗീകരിച്ചത് കൊണ്ടോ അംഗീകരിക്കാതിരുന്നതുകൊണ്ടോ വിജ്ഞാനത്തിന് കൂടുതലോ കുറവോ ഇല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ലോകമര്യാദകളെ അംഗീകരിക്കാത്തവരെയാണ് പ്രായണ നമ്മൾ അവധൂതനെന്ന് പറയുന്നത് പ്രായണ എന്ന് പറഞ്ഞ വാക്ക് ചിലപ്പോൾ അവധൂതൻ ലോകമര്യാദയെ അംഗീകരിച്ച് പെരുമാറും അടുത്ത നിമിഷം അംഗീകരിക്കാണ്ട് പെരുമാറും ഇതൊന്നും പുടി കിട്ടില്ല അതുകൊണ്ട് തൂക്കാൻ പോവരുത് അപ്പൊ ലോകമര്യാദകളെ അംഗീകരിക്കാതെ ജീവിക്കുന്ന മഹാജ്ഞാനിയാണ് അവധൂതൻ അതുകൊണ്ട് മനസ്സിലാക്ക അവധൂതനാരണം ഇതുപോലുള്ള വല്ല അനുഭവങ്ങളും സ്വാമിജിക്കും ഉണ്ടായിട്ടുണ്ട് ഏതുപോലെ അനുഭവങ്ങൾ ചോദ്യം വ്യക്തമല്ല അവധൂതന്മാരെ സംസാരിക്കുകയെ നമ്മളൊരാൾ അവധൂതനാണല്ലോ എന്ന് അളക്കാനോ പറയാനോ ശ്രമിക്കാറില്ല തുറന്നു പറയാണ് അയാൾ അവധൂതനാണെന്നോ അയാൾ അവധൂതനല്ലെന്നോ പറയാൻ നമ്മൾ ശ്രമിക്കാറില്ല എൻ്റെ ആവശ്യം നോക്കില്ല എന്നാൽ വ്യവഹാരത്തിൽ നിന്ന് ചിലരെ കാണുമ്പോൾ നമുക്ക് അവധൂതനാണെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള അനേകം അവധൂതന്മാരെ കാണാനും മറ്റും ഇടേണ്ടായിട്ടുണ്ട് കാണാൻ മാത്രമല്ല അങ്ങനെ പല അവധൂതന്മാരുടെ അനുഗ്രഹം മേടിക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ട് പല അവധൂതന്മാരോട് സംസാരിക്കാനും അവരുടെ ഉപദേശം ഗ്രഹിക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നുകൊണ്ട് പറയുക എന്നല്ല ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കണതും സംസാരിക്കണതും ഒക്കെ ഒരു അവധൂതന്റെ ഉപദേശം പറയാം അന്ന് ആ അവധൂത മഹാത്മാവ് ചില ഉപദേശങ്ങൾ നൽകിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിത ഇങ്ങനെ ആവില്ലായിരുന്നു ഒരു ദിവസം രാവിലെ ആറേ മുക്കാൽ മണി അടുത്തു വരുന്നു ഗുജറാത്ത് മാധവാനന്ദാശ്രമം രാവിലത്തെ സൽസംഗത്തിന് ആൾക്കാർ പുറമേ നിന്ന് വരുന്നു സമയത്ത് സൽസംഘത്തിന് വന്നൊരമ്മ പറഞ്ഞു സ്വാമിജി വരുന്ന വഴിക്ക് ഒരാൾ നിന്ന് മലവിസർജ്ജനം ചെയ്യുന്നുണ്ട് ഒരു കരിമാടി ൊക്കവും തടിയുള്ളൊരു മനുഷ്യൻ വരട്ടെ നമുക്കെന്ത് വേണം അല്ല അദ്ദേഹത്തിന്റെ ചുമല് കാവ്യ കൗപിയോട്ടിട്ടുണ്ട് ആ വരട്ടെ ഇങ്ങോട്ടാണ് അങ്ങോട്ട് വരുമല്ലോ അപ്പൊ നമ്മള് നോക്കി ഗേറ്റിലൂടെ നോക്കിയപ്പോ ദൂരേന്നൊരു മഹാത്മാവ് കൊറു കൊറുത്ത് തട്ടിച്ച് വലിയ പൊക്കമുള്ള ഒരു വ്യക്തി ഒരു കയ്യിൽ സ്റ്റീലിൻ്റെ ഒരു തൂക്കുപാത്രമുണ്ട് നടന്ന് വരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തെത്തി കോപീനെ ഉടുത്തിട്ടില്ല കോപീനങ്ങനെ മുമ്പിലേക്ക് തൂക്കിയിട്ടിട്ടുണ്ട് കാലുമലും ഒക്കെ മുഴുവൻ മലമുണ്ട് നിന്ന് മലവിസർജ്ജനം ചെയ്തതിൻ്റെ ഫലമായി ആശ്രമത്തിൻ്റെ ഗേറ്റിലെടുത്തു നിന്നു ശുദ്ധമായ സംസ്കൃതത്തിൽ ചോദിച്ചു ഈ ആശ്രമത്തിൻ്റെ പേരെന്താണ് നമ്മൾ മറുപടി പറഞ്ഞു മാധവാനന്ദാശ്രമം സന്യാസാശ്രമം ഉടനെ ശുദ്ധ സംസ്കൃതത്തിൽ ചോദിച്ചു ഇത് ദശനാമികളുടെ ആശ്രമമാണോ അല്ലയോ അതേ പറഞ്ഞു എന്തുകൊണ്ടാദ്ദേഹം ചോദിച്ചത് ഇന്നും എനിക്കറിയില്ല അതേ പറഞ്ഞു അദ്ദേഹം അകത്ത് കടന്നു അതിൽ നിന്ന് പറഞ്ഞതിന് ശേഷമാണ് മുമ്പിൽ മുറ്റത്ത് തന്നെ ഒരു സിമെന്റ് ബെഞ്ചുണ്ട് അതുപോലെ അവിടെ ഇരുന്നു അതൊന്നും കഴുകിയിട്ടില്ല കേട്ടോ മനസ്സിലാക്കണം അടക്കമലം പോരണ്ടോ സാധാരണ അവിടെ അഷ്ടമത്തില സമയത്ത് ആറേ മുക്കാലിനാണ് ഒരു സത്സംഘം ആവാറ് അതിൻ്റെ എല്ലാവരകത്തേക്ക് പോയിരുന്നു സംസ്കൃതത്തിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ അകത്ത് പോയിക്കോളൂ പറഞ്ഞു അകത്ത് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളകത്തിരിക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് നോക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കുറച്ച് കഴിഞ്ഞ് വെള്ളം കൊണ്ടൊക്കെ കഴുകൊക്കെ ചെയ്തു അവിടെ മുമ്പ് തന്നെ ഉള്ള സമാധി മന്ദിരത്തിന്റെ മുമ്പിൽ ഉള്ളൊരു ടാപ്പുണ്ട് അവിടെ നിന്നൊക്കെ കഴുകിയത് അത് കഴിഞ്ഞോ തത്സംഗം കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ ശുദ്ധ ഗുജറാത്തിയിൽ നമ്മൾ ഗുജറാത്തി ഭാഷ പറയുകയാണെങ്കിൽ മറ്റൊരു പ്രദേശത്തുനിന്ന് വന്ന് പഠിച്ച് പറയുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അങ്ങനെയല്ല അവിടുത്തെ ലോക്കൽ ഗുജറാത്തി ഭാഷയിൽ അവരോടൊക്കെ സംസാരിച്ചു എല്ലാവരും പോയെന്ന് ഉറപ്പ് വരുത്തി ചുറ്റും നോക്കി കേട്ട് എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹം മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ശുദ്ധ മലയാളത്തിൽ ശുദ്ധ മലയാളം എന്ന് പറഞ്ഞാൽ നല്ല വള്ളുവനാടൻ മലയാളം ചില കാര്യങ്ങൾ ചോദിച്ചു ചില ഉത്തരങ്ങൾ പറഞ്ഞു അടുത്ത നിർദ്ദേശം ഉടനെ ഇവിടുന്ന് പോണമെന്നാണ് ഉടനെ ഇവിടുന്ന് പോണം മനസ്സിൽ സംശയമുണ്ടായിരുന്നു എങ്ങനെ പോകും പോകേണ്ട സന്ദർഭമല്ലാതെ പോണ പോകാനുള്ള നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരും രണ്ട് നിമിത്തം വരും ആ രണ്ട് നിമിത്തം വന്നാൽ മനസ്സിലായിക്കോള പോയിക്കോള പറഞ്ഞു മാത്രവുമല്ല എന്ന അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ തന്നെ പരിപാലിക്കേണ്ടി വരും നോക്കി നടത്തേണ്ടി വരും പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു നമ്മൾ സ്ഥലം പൊട്ടു ഉത്തരകാശി പോയി സന്ദർഭവശാൽ കേരളത്തിലേക്ക് വന്നു അങ്ങനെ കേരളത്തിൽ വന്നതിന്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു മാത്രല്ല ഇപ്പോ ആ ആശ്രമം നോക്കി നടത്താനുള്ള ബാധ്യതയും വന്നു ചേർന്നു മാസത്തിൽ പോവാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു ദൃഷ്ടാന്തം മാത്രം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക വിജ്ഞാനികളാണെങ്കിലും ലോകമര്യാദയെ അംഗീകരിക്കാത്തവരാണ് അവധൂതന്മാർ അതുകൊണ്ട് അവധൂതന്മാരെ സേവിക്കാവുന്നത് സേവിച്ചോളൂ പക്ഷെ പിന്തുടരരുത് അവധൂതന്മാരെ പിന്തുടരരുത് വട്ടായിത്തീരും ഭ്രാന്ത് പിടിക്കും സംശയമല്ല അതങ്ങനെ അവർ ഭ്രാന്തന്മാരാണ് അവർ ഭ്രാന്തന്മാരല്ല അവർ നിനക്ക് കയ്യെത്തിയാൽ പിടിക്കാൻ കഴിയാത്തവരാ അതുകൊണ്ട് അവർ പിന്നാലെ പോകരുത് സേവിക്കാം ആദരിക്കാം മാറി ശ്രദ്ധിക്കുക ലോകമര്യാദകളെ അംഗീകരിക്കാത്തവരാണ് അവധൂതന്മാർ ലോകമര്യാദ അംഗീകരിച്ചവരൊരിക്കലും കഴിയുമെങ്കിൽ വന്ദിക്കുക കഴിയില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക പിന്നെ പുറമേന്ന് കണ്ടാൽ അവധൂതനാന്ന് മനസ്സിലായിക്കൊള്ളണം ഇത് കേട്ടോ ഒരിക്കൽ നമ്മളൊരു യാത്രയില് വലിയൊരു അവധൂത മഹാത്മാവ് ഉണ്ടെന്ന് കേട്ടു ഒരു സ്ഥലത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരാൾ ഒരു കടയുടെ ഇരിക്കുകയാണ് ഒന്നില്ല പരിപൂർണ നക്കുന്നനാണ് മുമ്പില് നോട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് വേറെ വിധത്ത് പഴം ആപ്പിൾ ഓറഞ്ചൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കോമ്പനെ ഭക്തന്മാർ വരുന്നവർ വരുന്നവർ ഇടണതാണ് പ്രത്യേകിച്ച് പൈസയും തൊടണില്ല പഴവും തൊടണമെന്നുല്ലാം അങ്ങനെ ഇരിക്കുകയാണ് വലിയ കണ്ടപ്പോ നമസ്കരിക്കാൻ തോന്നിയില്ല എന്താ കാരണം എന്നറിയില്ല എന്തോ അയാൾ കണ്ടപ്പോൾ ഒരു പ്രിയം തോന്നിയില്ല സന്ദർഭവശാൽ ഇത് വൃന്ദാവനത്തിലാണ് നമ്മൾ വൃന്ദാവനത്തിലെത്തിയ അതേ ദിവസം രാജസ്ഥാൻ പോലീസ് യു പി പോലീസിൻ്റെ കൂടി വന്ന് ഇയാളെ കുറിച്ച് അറസ്റ്റ് ചെയ്തു കൊലപ്പുള്ളിയാണ് ചോദ്യം സ്വാമി കൊലപ്പുള്ളിക്ക് മാറിക്കൂടെ മാനസാന്തരം വന്നുകൂടെ തീർച്ചയായിട്ടും കൊലപ്പുള്ളിക്ക് മാനസാന്തരം വരാം കൊലപ്പുള്ളിക്ക് മഹാത്മാവായിക്കൂടെ തീർച്ചയായിട്ടും കൊലപ്പുള്ളിക്ക് വലിയ മഹാത്മാവാകാം പക്ഷേ പോലീസിന്റെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടിയപ്പോ ഇയാളുടെ വായിന്ന് പുറത്തേക്ക് വന്ന വാക്കുകൾ മഹാത്മാവിന്റെ വാക്കുകളല്ല ഇയാൾ പരിവർത്തനം വന്ന മഹാത്മാവായിരുന്നെങ്കിൽ പോലീസിലിരുന്ന് തല്ല് കിട്ടുമ്പോഴും ആ മഹത്വത്തിനനുസൃതമായ വാക്കുകൾ പുറത്തേക്ക് വരുമായിരുന്നു അതുണ്ടായില്ല കൊലപാതകം വന്ന് ചെയ്ത് അവിടുന്ന് വിളിച്ചു പോന്ന് പറ്റിയ പരിപാടിയാണ് മഹാത്മാവായിട്ട് അഭിനയിക്കുക എന്നും അതുകൊണ്ട് പറയട്ടെ നമുക്കൊന്നും ആരെയും വിലയിരുത്താൻ പറ്റില്ല ഒരാളെയും വിലയിരുത്താൻ പറ്റില്ല അവിടെ വന്ന് വലിയ വേദാന്തം പ്രസംഗിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയോ പേരും കള്ളനാണെങ്കിലോ നിങ്ങൾ എങ്ങനെയാ അറിയാം റിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അതുകൊണ്ട് വ്യക്തിയെ പൂജിക്കാനും പോണ്ട വ്യക്തിയെ നിന്ദിക്കാനും പോണ്ട അനുഷ്ഠിച്ച് കാണിക്കുന്ന ആശയങ്ങളെ നന്മയെ സ്വീകരിക്കാൻ പഠിക്കുക തിന്മയെ സ്വീകരിക്കാതിരിക്കാൻ പഠിക്കുക അതേപോല വ്യക്തി ആരാധകന്മാരാവരുത് വ്യക്തിപൂജകന്മാരാവരുത് വ്യക്തിപൂജകന്മാരായാൽ അവര് ചെയ്യുന്ന നെറുകേടിനെയും നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടി വരും നന്മയെ പൂജിക്കന്മ നിന്ദിക്കണ്ട അനാദരിക്കുക അത് ശ്രദ്ധിക്കുക മണിപ്പൂരിൽ ആർഡ് ഫോഴ്സിനെതിരെ സ്ത്രീകൾ നഗ്നരായി റേപ്പസ് എന്ന ബാനറുമായി നടത്തിയ സമരവും ഭാരതക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ശിലാ കലകളിൽ സ്ത്രീകളെ കൊത്തിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ച് വച്ചിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണെന്നും പണ്ട് കേരളത്തിൽ നടന്ന മേൽജാതിക്കാരുടെ സംബന്ധങ്ങളും ചുംബന സമരത്തിൻ്റെ രീതി അത് ഭാരത സംസ്കാരത്തിനെതിരാണെന്ന് എന്ന് പറയാൻ പറ്റില്ല എന്നും ന്യായീകരിക്കുന്നതായി കാണുന്നു സ്വാമീ വിശദീകരണം അറിയുവാൻ ആഗ്രഹിക്കുന്നു മണിപ്പൂർ ലാൻഡ് ഫോഴ്സിനെതിരെ സ്ത്രീകൾ നഗ്നരായി റേപ്പേഴ്സ് എന്ന ബാനറുമായി നടത്തിയ സമരം അത് നമുക്കിവിടെ ഒരു സ്ഥൂലമായി അപഗ്രഥിച്ച് പറയേണ്ടുന്നതല്ല സ്ഥൂലമായി അപഗ്രഥിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയണത് സ്ഥൂലമായി അപഗ്രഥിച്ച് പറയാൻ പറ്റില്ല കാരണം അതിൽ മറ്റു പല ഘടകങ്ങളുണ്ട് സ്ഥൂലമായി അപഗ്രഹിച്ചാൽ അതിർത്തിയിലുള്ള നമ്മുടെ ആർംഡ് ഫോഴ്സിന്റെ പ്രത്യേക അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് വ്യക്തികൾ പട്ടാളത്തിലുള്ള വ്യക്തികൾ പട്ടാളമല്ല ജവാൻമാർ വ്യക്തികൾ സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കുന്നു ആ സ്ത്രീകൾക്കെതിരെ കാണിക്കുന്ന അതിക്രമങ്ങൾ സഹിച്ച് സഹിച്ച് പൊറുതിമുട്ടി സ്ത്രീകൾ പ്രതികരിക്കാൻ തയ്യാറായി പട്ടാളക്കാരുടെ മുമ്പിൽ പരിപൂർണ നഗ്നരായികുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ചെയ്യേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊരു പ്രതികരണമായി ഒരു പ്രതിരോധ സമരമായി അത് തോർന്നു ഇതാണ് സ്ഥൂലമായി പറഞ്ഞാൽ അതേ സമയത്ത് മണിപ്പൂർ നെഗലാൻഡ് അരുണാചൽ പ്രദേശ് അസാം തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ ബെൽറ്റ് പൂർണമായി തന്നെ ഇന്ന് ഭാരതവിരുദ്ധമായ ശക്തികളുടെ പിടിയിലാണ് ക്രിസ്ത്യൻ കൺവെർഷൻ ഏറ്റവുമധികം നടക്കുന്നെന്ന് മാത്രമല്ല അവിടുത്തെ ഓരോ വ്യക്തിയും ആൻറ്റി ഇന്ത്യനായി മാറുന്നു ഇതാണ് അവിടെ കാണുന്ന കാഴ്ച അങ്ങനെ അവിടുത്തെ ജനങ്ങളെ ഇന്ത്യയ്ക്കെതിരാക്കി തീർക്കാൻ വളരെ പരിശ്രമം ബോധപൂർവ്വമായി നടക്കുന്നു അങ്ങനെ നടക്കുന്ന ബോധപൂർവമായ പരിശ്രമങ്ങളിൽ പാവപ്പെട്ട നിഷ്കളങ്കരായ നമ്മുടെ അമ്മമാർ ഇരകളായി പോകുന്നു അവര് ജനകീയമായ വലിയ മുന്നേറ്റങ്ങൾ സൈന്യത്തിനെതിരെ ഉണ്ടാക്കാൻ ഒറ്റപ്പെട്ട തിക്തഫലങ്ങളെ അല്ലെങ്കിൽ തിക്ത സംഭവങ്ങളെ ഉപയോഗിക്കുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഒരിക്കലും നമ്മൾ സമാനീകരിക്കരുത് ജനറലൈസ് ചെയ്യരുത് പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളെ സമാനീകരിച്ച് ഭാരതത്തിനെതിരായിട്ട് ജവാന്മാർക്കെതിരായിട്ട് സൈന്യത്തിനെതിരായിട്ടുള്ളൊരു മൂവ്മെന്റ് അവിടെ ഉള്ളിലൂടെ നടത്തുന്നു ഇത് വളരെ ഭീകരമാണ് അത് ആദ്യം പറഞ്ഞ രീതിയിൽ സ്വാഭാവികമായി സ്ത്രീത്വം സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു സമരമായിട്ടേ നമ്മൾ സ്ഥൂലമായതിനെ കാണും അപ്പം നമ്മളും അതിനെ അനുമോദിക്കും നമ്മളും അതിനെ അഭിനന്ദിക്കും വേണം എന്ന് പറയും പക്ഷേ അതിന് പിന്നിൽ നടക്കുന്ന ചരട് വലികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആൻറ്റി നാഷണൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ പ്രവർത്തകർ അതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാവും അപ്പം നമുക്കതിനെ അനുമോദിക്കാൻ കഴിയില്ല ഇനി അതും ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ശിലകളിൽ സ്ത്രീകളെയാണോ കൊത്തിവെച്ചത് പുരുഷന്മാരെ കൊത്തിവെച്ചിട്ടില്ലേ നഗ്നന്മാരായ പുരുഷന്മാര് നഗ്നങ്ങളായ സ്ത്രീകൾ അവർ തമ്മിലുള്ള പലതരത്തിൽപ്പെട്ട കാമചേഷ്ടകൾ കാമശാസ്ത്രത്തിൽ പറഞ്ഞ സമഭോഗങ്ങളെല്ലാം പോരാ വിഷമഭോഗങ്ങളെല്ലാം എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ കൊണാർക്കിൽ പോയി കഴിഞ്ഞാൽ സൂര്യക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കാമസൂത്രങ്ങളിലുള്ള മുഴുവൻ സമവിഷമ ഭോഗങ്ങളവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അതിന്റെ കലാസൗന്ദര്യം പിടിച്ചാൽ അയ്യേ അശ്രീലെന്ന് പറയുന്നതിന് പകരം സെക്സ് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിന്റെ കലാസൗന്ദര്യം മനസ്സിലാക്കുക മനുഷ്യ മനസ്സിൽ നിന്നാണ് ശില്പങ്ങൾ വന്നത് അതെ ശില്പികളിൽ നിന്നാണ് അത് പുറത്ത് വന്നത് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ പഠിക്കുക അത് സ്ത്രീകളെ കൊത്തിവെച്ചിരിക്കുന്നത് മോശമായ രീതിയിലാണെന്ന് പറഞ്ഞാൽ ചിദാന്തപുര സ്വാമി സമ്മതിക്കില്ല കാരണം സ്ത്രീയും പുരുഷനും നഗ്നന്മാരായും നഗ്നകളായും അവിടെ ഉണ്ട് ഒരാളെ മാത്രം ഏകപക്ഷീയമായിട്ട് സ്ത്രീകളെ മാത്രം നഗ്നയാക്കി വെക്കുകയും പുരുഷൻ സർവ്വ വസ്ത്രവിധാനങ്ങളോടും കൂടി നിൽക്കുകയും ചെയ്താൽ അതിനശ്ലീലം എന്ന് ഞാൻ പറയുമായിരുന്നു അതിനശ്ലീലം എന്ന് തന്നെ ഞാൻ പറയും സ്ത്രീ പരിപൂർണ നഗ്ന പുരുഷൻ സർവ്വ സൂട്ടും തോട്ടും ഇട്ടിട്ട് തെറ്റാണ് ഇതല്ല സ്ത്രീയും നഗ്നനാണ് നഗ്നയാണ് പുരുഷനും നഗ്നനാണ് എന്താ കുഴപ്പം അല്ലെന്താ കുഴപ്പമുള്ള ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടില്ല അത് അശ്ലീലമല്ല എന്താ അശ്ലീലത ഉള്ളത് ഖജുരാഹോയിലും അജുന്തയിലും ഒക്കെ ഉണ്ട് ഏറ്റവും അധികം പക്ഷെ കാമശാസ്ത്രം മാത്രമായിട്ട് കൊത്തിവെച്ചത് കൊണർക്കിലാണ് ശരി മോശമായ രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പണ്ട് കേരളത്തിൽ നടന്ന മേൽജാതിക്കാരുടെ സംബന്ധങ്ങളും അങ്ങേയറ്റം അനാശാസ്യമായിരിക്കുന്ന ഒരനീതിയായിരുന്നു അത് അനീതിയായിരുന്നു അതുകൊണ്ട് അത്തരം സംബന്ധങ്ങൾക്കെതിരെ നിന്നത് ആചാര്യന്മാരായിരുന്നു മറക്കരുത് അതനീതിയായിരുന്നു എൻ്റെ സംബന്ധങ്ങൾ ഉണ്ടായത് മേൽ ജാതിക്കാരന് കുട്ടീനെ തൊടാൻ പറ്റില്ല എൻ്റെ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല കാരണം നാട് ജാതിക്കാരനവൻ രാത്രി ആകുമ്പം ചൂട്ടും കത്തിച്ചു പോവാം ഏത് വീട്ടിലേക്കും അവൻ്റെ അധികാരമാണ് നാട്ടിൽ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ച അന്ന് തമ്പായിക്ക് കൊടുക്കണം പൊണ്ണിനെ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനത്തെ അത്യാചാരങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതൊന്നും ശാസ്ത്രസിദ്ധമായിരുന്നില്ല സമ്പത്ത് സമാർജിച്ച് ദുർഭരണം നടത്തി മറ്റുള്ളവരെ അടിമകളാക്കി വെച്ച ചില മേലാളന്മാരുടെ പരിപാടികളായിരുന്നു അതൊന്നും ധാർമ്മികമായിട്ട് ചിന്തിക്കേണ്ട വിഷയമല്ല ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതല്ല കാരണം അവയ്ക്ക് ഒന്നും ശാസ്ത്രസമ്മതി ഇല്ല ഒന്ന് ശാസ്ത്രബോധമുള്ളവർ ചെയ്തതല്ല അതെല്ലാം ഒരു കാലത്തെ അന്ധകാരാമൃതമായ ഒരു കാലഘട്ടത്തിലെ അനീതികളായിരുന്നു നെറികേട്ടുകളായിരുന്നു അതും ശുംഭന സമരവുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞ കഷ്ടമാണ് അപ്പൊ അതുപോലെയൊക്കെ തന്നെയാണ് ഇതെന്നർത്ഥം അത് നിരസിക്കപ്പെട്ട പോലെ ഇതും നിരസിക്കപ്പെടണമെന്നർത്ഥം ഇനി ശില്പങ്ങളും കൊത്തുവേലകളുമായിട്ട് ശുംഭന സമരത്തെ കാണാൻ പറ്റില്ല കാണ്ടവർക്ക് കാണാം ഒരു വിരോധവും ഇല്ല പക്ഷേ അതിൻ്റെ പരിണാമമായി വരുന്ന അനർത്ഥങ്ങളെയും സ്വീകരിക്കാൻ കുടുംബങ്ങൾ തയ്യാറായിരിക്കണം ചുംബിക്കുന്നത് നല്ലതാണ് ചുംബനം സമരമാക്കരുത് സമരമുറയല്ല ചുംബനം കൊത്തിവെച്ചിടത്ത് ഒന്നും അത് സമരമായിട്ടില്ല അതാണും കൊണ്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് അവിടെ കൊത്തിവെച്ചത് സമരമായിട്ടല്ല സമരമായിട്ടല്ല ചുംബനം ചുംബനം സമരം സമരം ചുംബനം ഒരിക്കലും സമരാവില്ല ശ്രദ്ധിക്കുക ചില ആചാര്യന്മാർ പൊതുവേദികളിൽ മൃഗബലിയെയും പഞ്ചമകാരങ്ങളെയും പറ്റി വിമർശിക്കുന്നത് പൊതുജനങ്ങളിൽ ഈ മഹത്തരമായ തന്ത്രശാസ്ത്രങ്ങളെ പറ്റി തെറ്റിദ്ധാരണ ഉളവാക്കുന്നുണ്ട് കാളിക്ഷേത്രത്തിൽ പൂജാരി ആയിരുന്ന കാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിദേവിക്ക് ആടിനെ ബലി കൊടുത്തിട്ടുണ്ട് ആചാര്യന്മാരല്ലാത്ത ചില പ്രഭാഷകന്മാരും അവരുടെ വാക്ക് കടമെടുത്ത് ആയിരക്കണക്കിന് ശാഖകളുള്ള ആഗമശാസ്ത്രത്തെ മനസ്സിലാക്കാതെ ഈ വിഷയത്തെ ഇനിയും പൊതുവേദികളിൽ പരാമർശിക്കപ്പെടരുതെന്ന് ഒരു ഭക്തന്റെ അപേക്ഷ ആചാരം എപ്പോൾ ദുരാചാരവും അത്യാചാരവുമാകുമോ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് ലോകസംഗ്രഹപ്രവൃത്തി ചെയ്യുന്നവരുടെ കർത്തവ്യമാണ് തൻ്റെ ഉള്ളിലെ മൃഗത്തെ ഹിംസിക്കേണ്ടതിന് പകരം മെണ്ടാപ്രാണികളെ കൊണ്ടുവന്ന് കൊല്ലുന്നത് അനുമോദിക്കപ്പെടേണ്ടതല്ല ഒരു കുഞ്ഞിനെ ദുഃഖിപ്പിച്ച് വേറൊരു കുഞ്ഞിന് സമാശ്വാസം നൽകുന്നത് ഒരമ്മയ്ക്കും ഹിതമല്ല ജഗന്മാതാവായ ദേവി കാളി അവൾ ഭദ്രയാണ് മംഗളസ്വരൂപിണിയാണ് ആ മംഗളസ്വരൂപിണിയായ അമ്മയ്ക്ക് എല്ലാ മക്കളാണ് ആടും മക്കളാണ് മനുഷ്യനും മക്കളാണ് എല്ലാം അമ്മയുടെ മക്കളാണ് കാരണം യാവീ സർവഭൂത മാതൃരൂപേണ സംസ്ഥിത ആ അമ്മ സകല ഭൂതങ്ങളിലും മാതൃരൂപേണ സംസ്ഥിതയാണ് ആ അമ്മ പക്ഷികളിൽ തള്ളപ്പക്ഷിയാണ് ആ അമ്മ ആടുകളിൽ തള്ളയാടാണ് ആ അമ്മ പശുക്കളിൽ തള്ളം പശുവാണ് ആ അമ്മ മനുഷ്യരിൽ അമ്മയാണ് ആ അമ്മ ദേവന്മാരിൽ ദേവമാതാവാണ് ആ അസുരന്മാരിൽ അസുരമാതാവാണ് ഈ കാഴ്ചപ്പാടുണ്ടാവുക തൻ്റെ സാധന പുരോഗതിക്കോ തൻ്റെ ഏകാഗ്രതയ്ക്കോ തൻ്റെ ആഗ്രഹ സഫലീകരണത്തിനോ ആ അമ്മയുടെ ഒരു മക്കളെയും കൊല്ലുന്നത് അമ്മയ്ക്കിഷ്ടാവില്ല ഇഷ്ടാവുന്ന അമ്മമാർ പറയട്ടെ നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അതിലൊരു മകൻ്റെ അല്ലെങ്കിൽ ഒരു മകളുടെ ഗുണത്തിന് മറ്റേ കുട്ടിയെ കൊല്ലുന്നത് നമുക്ക് ഇഷ്ടമാവും ആവുന്ന അമ്മമാര് പറയും തോന്നണില്ല ആവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പം പിന്നെ ജന്തുക്കളെ കൊന്ന് പൂജ നടത്തുന്നത് ജഗന്മാതാവിനെ എങ്ങനെയാണ് ഇഷ്ടാവുക ഇതൊക്കെ ശരി ഒരു വ്യക്തിയുടെ വീര്യത്തെ വളർത്തുന്നു കരുത്തിനെ വളർത്തുന്നു സാധനങ്ങളുടെ ലബ്ധിയെ നേടുന്നു നെടുത്തരുന്നു പറയാം പക്ഷേ ഹിംസ ഹിംസ തന്നെയാണ് അമ്മയ്ക്കിഷ്ടാവും തോന്നില്ല കാരണം ആ അമ്മ എല്ലാ ജീവജാലങ്ങളിലും മാതൃരൂപേണ വർദ്ധിക്കുന്നവളാണ് അതാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് ഹിംസായുക്ത കർമ്മങ്ങളെ നമ്മളെവിടെ എതിർക്കാൻ പോകുന്നില്ല പക്ഷെ അനുമോദിക്കാൻ കഴിയില്ല അനുകൂലിക്കാൻ കഴിയില്ല കഴിയില്ല നമ്മുടെ പോരായ്മയായിരിക്കാം അല്ലയെന്ന് പറയുന്നില്ല അത് പോരായ്മയാണ് ആയിക്കോട്ടെ എനിക്കൊരുപാട് പോരായ്മകളുണ്ട് പക്ഷെ അനുകൂലിക്കാൻ കഴിയില്ല തന്ത്രശാസ്ത്രമല്ല വേദാന്തശാസ്ത്രമല്ല യോഗശാസ്ത്രമല്ല ഏത് ശാസ്ത്രവും മനുഷ്യൻ നന്മയ്ക്കായിരിക്കണം സമൂഹ നന്മയ്ക്കായിരിക്കണം നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ അതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന സേവനത്തെ തിരിച്ചറിവിനെ വളർത്തുന്നതായിരിക്കണം അല്ലാത്തത് ഏത് ശാസ്ത്രം പറഞ്ഞാലും അത് നമുക്ക് സ്വീകാര്യമല്ല സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം എല്ലാവർക്കും അതിനനുസരിച്ച് അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും അവനവൻ്റെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത വിധം പരിപാലിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അതിൽ മറ്റു ജീവരാശികളും വരുന്നുണ്ടെന്ന് അറിയുക മറ്റു ജന്തുക്കളെ കൊന്ന് പൂജിച്ച് അമ്മയുടെ പ്രീതി കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നേടാ വിരോധമൊന്നുമില്ല പക്ഷെ ചിന്തിക്കാൻ വയ്യതാണ് തുറന്ന് പറയാണ് യാതൊരു മറവുമില്ല ശരി തൽക്കാലം ഉപസംഹരിക്കുന്നു ഒരു മിനിറ്റ് അധികമായി സാരമില്ല ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ